സൂക്ഷ്മരൂപത്തിൽ വന്ന ശകടാസുരനെ ഭഗവാൻ തന്നിലേക്ക് സൂക്ഷ്മമായി ലയിപ്പിച്ചു ഇതുപോലെ എന്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മമായ വാദരോഗത്തെ ഭഗവാനെ തട്ടിമാറ്റി എന്നെയും അനുഗ്രഹിച്ചാലും എന്ന് പറയാൻ ഇങ്ങനെ ശകടാസുരൻ എന്ന് പറയുന്ന അസുരനെ ഭഗവാൻ വധിക്കുന്നു എവിടെയാണ് ഈ ശകടാസുരൻ വന്നത് ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ആരാണ് ഈ ശകടാസുരൻ വാഹനത്തിൽ പ്രവേശിച്ച് ഭഗവാനെ നശിപ്പിക്കാൻ വന്ന അസുരനാണ് ശകടാസുരൻ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ശകടാസുരൻ എന്നതിന് നമ്മൾ അർത്ഥം കാണേണ്ടത് വാഹനം എന്നാൽ ശരീരം എന്നാണ് ഈ ശരീരത്തെ ഒരു വാഹനം ഉപനിഷത്ത് പറയും ഈ ശരീരമൊരു രഥമാണ് ഒരു രഥമാണ് ഈ ശരീരം ഈ ശരീരമാണ് ഞാനെന്ന ബോധം ശരീരബോധം ഉള്ളവരെയാണ് ശകടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അസുര എന്ന് പറയുന്നത് ശകടം ശരീരം അതിൽ ഒളിഞ്ഞിരിക്കുന്ന അസുര പറഞ്ഞാൽ ഈ ശരീരം തന്നെയാണ് ഞാനെന്ന ബോധം അതിൽ ജീവിക്കുന്നവരൊക്കെ ആരാണ് അവരെ ഭഗവാനിൽ നിന്നും അകന്നിരിക്കും ശരീരബോധം നമ്മളെ ഈശ്വരിൽ നിന്നും അകറ്റും എന്ന് പറഞ്ഞാൽ യഥാർത്ഥം സൂക്ഷ്മമായി പറഞ്ഞു കഴിഞ്ഞാൽ നാം ഈ ശരീര കാര്യങ്ങളെ ചിന്തിക്കുന്നിടത്തോളം കാലം ഈശ്വര വിചാരത്തിൽ നിന്നും നമ്മൾ അകന്നിരിക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങളും ചിന്തിക്കുകയാണെങ്കിൽ യു ആർ എവേ ഫ്രം ഗോഡ് അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് നമ്മളെ ശരീരത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കും ശരീരത്തിൽ പിടിച്ചു നിർത്തുന്ന ചിന്തകൾ നമ്മളെ ഈശ്വരിൽ നിന്നും അകറ്റിയിരിക്കും അപ്പൊ ശകടാസുരനെ തട്ടി മാറ്റി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ ചിന്തകൾ നമ്മൾ ഉള്ളിൽ നിന്ന് തട്ടി നമുക്ക് ആരിലേക്ക് ചേരാൻ പറ്റുള്ളൂ ഭഗവാനിലേക്ക് ചേരാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ നമ്മൾ ഏത് ചിന്തകളാണോ എന്റർടൈൻ ചെയ്യുന്നത് ആ ചിന്തകൾ നിശ്ചയിക്കും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾ നിങ്ങളുടെ ശരീര ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ പ്രശ്നങ്ങളും ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ യു ആർ ആക്ച്വലി അവേ ഫ്രം ദ ലോഡ് ഫിസിക്കലി നിങ്ങൾ ഈശ്വരന്റെ വിഗ്രഹത്തിൽ അടുത്തിരുന്നാലും ചിന്ത കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരൽ നിന്നും ബകലാൻ പറ്റും നമുക്ക് ഈശ്വരനെ കാണാൻ നഗ്ന നേത്രം കൊണ്ട് സാധ്യമല്ല ഭഗവാൻ ഗീതയിൽ പറയും ഭഗവാനെ കാണണമെങ്കിൽ വിമൂടാനുപശ്യന്തി പശ്യന്തിഷ ജ്ഞാനത്തിന്റെ കണ്ണുകൊണ്ടേ നമുക്കാരെ കാണാൻ പറ്റുള്ളൂ ഭഗവാൻ ജ്ഞാനത്തിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ ചിന്തകളെ കൊണ്ടേ കാണാൻ പറ്റുള്ളൂ ഏത് ചിന്തകള് ലൌകിക ചിന്തകളെല്ലാം സർവധർമാൻ പരിത്യജ്യ ലൌകിക ചിന്തകൾ ശരീര സംബന്ധമായ പ്രശ്നങ്ങളും ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ ചിന്തകളും വിട്ടുകൊണ്ട് ഈശ്വര ചിന്തകളിലേക്ക് മനസ്സ് വന്നാൽ ക്രമേണ നമുക്ക് ആരെ അനുഭവിക്കാം ഭഗവാനെ ചിന്തിക്കാം മനസ്സിലാക്കാം അപ്പോ ചിന്തകളാണ് ശകടാസുരനായി ഉള്ളിൽ നിൽക്കുന്നത് അതും ഏത് ചിന്തകള് ശരീര സംബന്ധമായ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ ചിന്തകളാണ് ശകടാസുരനായി നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഇനി അവനെ നമ്മൾ എന്ത് ചെയ്യണം തട്ടി ആത്മീയ ചിന്തകൾ എന്ന് പറയുന്നത് ഭഗവത് ചിന്തകൾ അപ്പൊ നാമം ചൊല്ലും നമ്മുടെ ഉള്ളിലെ ശകടാസുരൻ തട്ടി എറിയപ്പെടുക മറ്റുള്ള ചിന്തകൾ നമ്മൾ വെക്കാൻ അനുവദിക്കരുത് അതുകൊണ്ടാണ് ബോധപൂർവ നാമം ചൊല്ലണമെന്ന് പറയുന്നത് സാധാരണക്കാരൻ നാമം ചൊല്ലുന്നതും ഭാഗവതവും നാരായണിയും മനസ്സിലാക്കി ഒരു നാമം വ്യത്യാസമുണ്ട് നാരായണിയും ഭാഗവതവും നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാമം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ജപിക്കുന്ന പോലെ രാവിലെ ജീവിക്കുക സാധാരണ ജപിക്കുന്നത് എങ്ങനെയാണ് നാമവും മറ്റുള്ള കാര്യങ്ങളും ചിന്തിക്കും നിങ്ങൾക്ക് കല്യാണത്തിന് പോകണം എന്ന് വിചാരിക്കുക അതും ഒരു അഞ്ചുമണിക്ക് കല്യാണ പാർട്ടിയുടെ വാഹനം വരും നിങ്ങൾ തയ്യാറാവും നിങ്ങൾക്ക് രാവിലെ കുളിച്ച ഉടനെ വിശ്വാസാസ് നാമം ചൊല്ലുന്നൊരു ഏർപ്പാടുണ്ടെന്ന് ആയിരിക്കുക നിങ്ങൾ വിശ്വാസാസ് നാമം ഓം വിശ്വം വിശ്വാസക്കാരോ അത്രയും ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ ഓർമ്മയുണ്ടാവുമ്പോൾ സർവപ്രഹണായവും നമ്മൾ അതിനിടയിൽ ഏത് സാരി എടുക്കണം ഏതൊക്കെ ആഭരണങ്ങൾ ധരിക്കണം ആരോടൊക്കെ വർത്തമാനം പറയണം അവളോ കാണാനുള്ളത് ചിലവർ ദേഷ്യമുള്ളവരുടെ നമ്മൾ മിണ്ടില്ല എന്നൊക്കെ പ്രതിജ്ഞയും ഇതൊക്കെ തുടങ്ങിയിട്ടേ ഇല്ല എവിടെ നടക്കണോ ഉള്ളിൽ നടക്കണം പിന്നെ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് ഇതെല്ലാം മനസ്സിനശ്ചയിച്ചു പിന്നെ കൊടുക്കേണ്ടെന്ന പ്രസന്റേഷൻ അവിടെ വാങ്ങിക്കില്ലേ സന്തോഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂതഭവ്യഭവൻ പ്രഭുബൂത ഭാവ ഭൂതാത്മാഭൂതഭാവന അപ്പൊ ഒരു വശത്ത് നാമവും നടക്കുന്നുണ്ട് ഒരു വശത്ത് ജോറായി കല്യാണവും നടക്കുന്നുണ്ട് കല്യാണ പന്തലിൽ പോയി സദ്യ വരെ കഴിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാന സർവപ്രഹനായോ ഓ കഴിക്കോ ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ നമ്മള് നാമം ജീവിക്കുന്ന സാധാരണക്കാരുടെ നാമം ജീവിക്കൽ അങ്ങനെയാണ് പഴയ ആളുകളൊക്കെ അങ്ങനെയാണ് ജീവിക്കുക അവരൊരു വശത്ത് വിശ്വം വിഷമക്കാരോ ഭൂതമോപിബോ പ്രഭോ ഭൂത പഴയ മുത്തശ്ശിമാരൊക്കെ ജപിക്കുന്ന അങ്ങനെയാണ് അവരിങ്ങനെ ഒരു മതം ജീവിക്കുക ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്യും എന്ത് കഷ്ണമൊക്കെ ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് ശ്രദ്ധ മുഴുവനുള്ളത് അടുക്കളയിലാണ് അങ്ങനെ ജീവിക്കും അമ്പലത്തിലും കാണാൻ ചില ആളുകളെ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ മകളുടെ കല്യാണം എന്തായി നാരായ നാരായാണ് നാരായണി നാരായ നാരായ ശ്രദ്ധയോടെ മകന്റെ മറ്റാളുടെ കല്യാണം മകളുടെ കല്യാണത്തിൽ ഇയാൾ ശ്രദ്ധിക്കണതേ മകൻ വന്നോ എത്ര ദിവസമായി മകൻ പോയിട്ട് ബാംഗ്ലൂരിലല്ലേ ആരാൾ നാരായ നാരായണ ശരി എങ്ങനെയാണ് ഒരു യാന്ത്രികമായി ഇതിങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്ക് പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സിലാക്കണം ലൗകികമായ ചിന്തകൾ കഴിയുന്നത്ര മനസ്സിൽ നിന്നും അകറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് അതേ മന്ത്രങ്ങൾക്ക് നമ്മളെ കൂടുതൽ ആരിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുക ഞാൻ ഇന്നലെ പറഞ്ഞു മന്ത്രമെന്ന് പറയുന്നത് ഒരു കയറാണ് ലൌകിക ചിന്തകളുടെ കരയിൽ ആത്മീയമായ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നൊരു കയറാണ് ഇത് മന്ത്രങ്ങൾ വിഗ്രഹം ഒരു തോണിയും മന്ത്രം ഒരു കയറുമാണ് അത് വലിച്ചടുപ്പിക്കുകയാണ് നമ്മൾ വിഗ്രഹത്തിൽ ഇരുന്നു ഒരു വിഗ്രഹത്തെ മുറുകപ്പെടിച്ചുകൊണ്ട് നാമവും പിടിച്ചുകൊണ്ട് നമ്മൾ ലൌകിക ജീവിതത്തിന്റെ കരയിൽ നിന്നും ഭഗവാന്റെ വശത്തിലേക്ക് വരുന്നതിനാണ് ഇതൊക്കെ വച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിലെ ശകടാസുരൻ ലൌകിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സാണെന്ന് തിരിച്ചറിഞ്ഞു ഇപ്രകാരം ഈ കഥയും പറഞ്ഞ് പ്രസംരിപ്പിച്ചു ഇനി മറ്റൊരു അസുരനെ വധിക്കുകയാണ് അതാണ് തൃണാവൃത്ത പദം ഭഗവാൻ തൃണാവൃത്തനെ വധിക്കുന്നു എന്നുള്ള കഥയെ പറയണം േ ഗതാ ഗുരുവനുൽപുരനാഥ വോടം ഗാഠാതിരൂടനിമാണ പരമാരയുധായേക്കിതം വധേരി ദയന്ത്യജേശൃു നിവിഷ്ട ഒരിക്കല് ഗുരുവായൂരപ്പൻ അമ്മയായിരിക്കുന്ന യശോദാദേവിയുടെ യശോദാദേവിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു ഗുരുവായൂരപ്പൻ ഒരിക്കല് അങ്ങനെ യശോദാദേവിയുടെ മടിയിൽ കിടക്കുന്ന സമയത്ത് ഭഗവാൻ പെട്ടെന്ന് ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിച്ചു അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താ കാര്യം ഇപ്പൊ എന്താണത്രേ ഗോകുലമാകവേ ഭയങ്കര കൊടുങ്കാറ്റ് പൊടിങ്ങനെ അടിച്ചു കയറണം ആർക്കും മനസ്സിലായില്ല ഇതെന്താണെന്ന് ആ പൊടിക്കാറ്റിനുള്ളിൽ കൊടുങ്കാറ്റിനുള്ളിൽ ഒരസുരൻ കയറിക്കൂടിയതാണ് അവൻ അവിടെ വരുന്ന വിവരം ആർക്കും അറിയില്ലായിരുന്നു ഭഗവാന് മനസ്സിലായി ഗോകുലത്തിൽ പ്രവേശിച്ചിരിക്കുന്ന കാറ്റ് സാധാരണ കാറ്റല്ല അതിനകത്ത് തന്റെ കാറ്റ് കളയാനായിട്ട് ഒരു തൻ കയറിക്കൂടിയിരുന്നു അവന്റെ പേര് തൃണാമത്തെന്ന് അവൻ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചാൽ അമ്മയോടുകൂടി തന്നെ പൊക്കും അപ്പൊ അമ്മയെ പൊക്കേണ്ട ആവശ്യമില്ല എന്നെ മാത്രം കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ച് അമ്മയുടെ മടിത്തട്ടിൽ നിന്നും തന്നെ വേർപ്പെടുത്താൻ ഭഗവാൻ കണ്ട ഉപായമാണ് ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കുക അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെയാണ് കുരുൾമരുപ്പുരനാഥവൂഢും കാടാതിരൂടകരിമാണം എന്താ ഇത്രയധികം ഭാരം വന്നിരിക്കുന്നത് കുറേയധികം ഭാരം വന്നു ഉടനെ തന്നെ അമ്മയ്ക്ക് മടിയിൽ ഉണ്ണി കിടത്താൻ പറ്റാതെ ഭാരം കൂടിയപ്പോഴും ഒരു എട്ടൊൻപത് കിലോ ഉള്ള കുട്ടി ഒരു പത്ത് ഇരുപത് കിലോ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മടിത്തട്ട് വേദനിച്ചാൽ എന്ത് ചെയ്യും താഴേക്ക് വയ്ക്കും അമ്മ ഒരുട്ടി താഴെയിട്ടു ഭഗവാൻ വളരെ സന്തോഷമായി ഇനിയിപ്പൊ അവനും ഞാനും തമ്മിലല്ലേ എന്താണോ കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അങ്ങനെ ഭഗവാൻ അപ്രകാരം ഒരു ലീലയാടി എന്നിട്ടോ താവൽ വിദൂരമുപകർണിതോരഘോഷം ആത്യാവൂസിരൈത്യവരണോ ജനമാനസഹ വിദൂരം ഉപകർണിതഘോരകോഷം താവൽ വളരെ ദൂരെ നിന്ന് കേൾക്കുന്ന ഭയങ്കരമായ മുഴക്കം കൊടുങ്കാറ്റിന്റെ ഒരു മുഴക്കം ആ മുഴക്കത്താൽ അവൻ പാംസ് പടലി പൊടികളൊക്കെ ആ ഗോകുലത്തിൽ നന്ദഗോപുരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് വാത്യാവൂ കാറ്റിന്റെ രൂപത്തിൽ അകത്തു കയറിയ അവൻ തൃണാവർത്താക്കണാവർത്തെന്ന പേരിൽ അവൻ എന്ത് ചെയ്തു ആ ദൈത്യൻ ംജാര അങ്ങ അങ്ങോട്ട് അപഹരിച്ചുപരിയാണ് ഭഗവാനെ കൊണ്ട് അവൻ പോവാണ് എങ്ങോട്ട് ഉദ്ദംസ പാംംശുതിമാഹത ദൃഷ്ടിപാദേ ഉദ്ദാംസ്തിരാഹത ദൃഷ്ടിപാ ദ്രഷുപ്പുശലേ പശുപാ ലോകസ്തികഥാദമവിലോകൃശം രുോധ െ ആ ഗോപ വൃന്ദാവനം മുഴുവൻ ഗോപന്മാരുടെ ആ സ്ഥലം മുഴുവൻ പൊടിപടലം കൊണ്ട് അവൻ ഇരുട്ടാക്കി മാറ്റി ഉദ്ദാംസ തിമിരം അങ്ങേയറ്റം ഇരുട്ടായി മാറി അമ്മയ്ക്കാണെങ്കിലോ കിമവിദൃഷ്ടും അങ്ങേ കാണാതെ അമ്മ നോക്കൂ ഹാ ബാലകസ്യ വിധി എവിടെ പോയി എന്റെ ഉണ്ണി എവിടെ പോയി എന്റെ ഉണ്ണി എന്നിങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കിയപ്പോ ഭവന്തം അവിലോക്യ അങ്ങേ കാണാതെ വന്നപ്പോ അമ്മ ആകെ നിലവിളിച്ചുകൊണ്ട് അമ്മ അവിടെ വീണു ദാനവവവരോ ദീനമൂർത്തി വാവൽക്കാരധാരണലൂനവേഗ സങ്കോജമാവതനുക്ഷതമാംസുഗോഷേ ോഷേ വവർജ്ജനീ നിനധ ആ ദാനവൻ ഭഗവാനെ എടുത്തങ്ങോട്ട് ഉയർത്തി ഭാരം സഹിക്കവയാതെ കുറകഴിഞ്ഞിട്ട് അവൻ ഉയർത്താൻ പറ്റാതെ വന്നപ്പോ ഭഗവാൻ അവന്റെ കഴുത്തിൽ കയറി പിടിച്ചുവെന്നാണ് ശ്വാസം മുട്ടിക്കുന്ന വിധത്തിൽ പിടിച്ചപ്പോ ദീനമൂർത്തി അവൻ കടന്നു തുടങ്ങി ആ സമയത്ത് കൊടുങ്കാറ്റെല്ലാം പൂർണ്ണമായി അവിടെ നിശ്ചലമായി ഒന്നു മാത്രം കേൾക്കാൻ സാധിച്ചു ഭവൽ ജനനീനി അവിടുത്തെ അമ്മയുടെ ആ കരസിൽ മാത്രം ഇങ്ങനെ ഉയർന്നു കേട്ടു പറയണം എന്നിട്ടോ രോതോപകർണനവചാതു ഉപഗമ്യ ഗേഹം കൂനന്ദമുഖോപകുലേഷു ദീന ത്വാം താരവസ്തകിരമുക്തികരം മുമുക്ഷു ത്വയ്യ പ്രമുഞ്ജരി പാദവിയൽ പ്രദേശാൽ താഴെ എല്ലാവരുടെയും വിലാപം കേൾക്കാണ് രോധോപകരണവശനാൽ നന്ദഗോപകുലേഷു ആ നന്ദഗോപന്റെ കുലം കുലം മുഴുവൻ നിലവിളി മുഴങ്ങേ അവസാനം ഭഗവാനാണെങ്കിൽ അവന്റെ ശ്വാസമുട്ടിച്ച് അവൻ ക്ഷീണിതനായി ദാനവതുദീന ഭഗവാൻ മുക്തി കൊടുക്കുന്ന ആ ഭഗവാൻ അവന് ത്വമുട്ടു അവനെ ശ്വാസമുട്ടിച്ച് ഭഗവാൻ അവന് താഴേക്ക് അങ്ങോട്ടിട്ടു അവന്റെ ആ ശബ്ദ് അവൻ താഴോട്ട് വീഴുകയാണ് ഉച്ചത്തിലുള്ള ആ ശബ്ദം കേട്ടുകൊണ്ട് അവർ വന്നു നോക്കുമ്പോൾ കാണുന്നത് എന്താണ് രോദാകുലാഥത ഗോപഗണാ ബഹിഷ്ടാ പാഷാണപൃഷ്ടുവി ദേഹമതിഷ്ഠവിഷ്ടം പ്രക്ഷന്തഹന്ത നിബധം നിബധന്തഷ്യവക്ഷ കരഞ്ഞുകൊണ്ട് എല്ലാവരും നോക്കുന്ന സമയത്ത് കാണുന്നത് ബഹിഷ്ടഭാഷാണ പൃഷ്ഠഭൂവി നിബന്ധം പുറത്ത് ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു രൂപം വന്ന് വീട് കിടക്കണം വിവൽസമായ രൂപം എല്ലാവരും പേടിച്ചുകൊണ്ട് ആ രൂപത്തെ നോക്കുമ്പോ അതിന്റെ മുകളിലായിട്ട് അക്ഷീണമേവ അലം ഹസന്തം ഭവന്തം പുഞ്ചിരിച്ചുകൊണ്ട് തളരാത്ത അങ്ങയുടെ മനോഹരമായ ആ രൂപവും അവർ കണ്ടു ഗ്രാവപരിവിഷ്ടരിഷ്ടേഹ ഭാസു ദുഷ്ടനുജോപരിതുസം ആുജകരേണമേത്യ ഗോവാദദുർഗിരിവരാധിവലരത്നം ആ പാറപ്പുറത്ത് വീട് ചതഞ്ഞരഞ്ഞ കാവപ്രഭാത പരിപിഷ്ട ഗരിഷ്ടദേഹം അവന്റെ ആ ചതഞ്ഞരഞ്ഞ ദേഹത്തിന്റെ മുകളിൽ ഭഗവാനാണെങ്കിലോ ധിഷ്ടഹാസം പുജിരിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നു ആ ഭഗവാനെ അംബുജകരേണ അജ്ഞാതം ഭവന്തം ഗോപ ഗോപന്മാര് അവിടെ കൈകൊണ്ട് വാരിയെടുക്കുന്നത് എപ്രകാരമാണോ उरि ഗിരിയുടെ മുകളിൽ നിന്ന് ഒരു രത്നമെടുക്കുന്നത് അതുപോലെ ആ ഭഗവാനെ അവരെടുത്തുവാണ് എന്നിട്ടോ ഏകൈകമാശുപരിഗ്രഗമൻ നികാമനന്ദൻ നന്ദാതിഗോപരിമം പരിരംഗ വിചുംവിദാംഗം ആധാതു കാമപരിചങ്കിത ഗോപനാരി ഹസ്താംബുജപ്രപതി നം പ്രണുമോപന്തം ഭഗവാനാണെങ്കിലോ അവരെടുത്തതും ഭഗവാന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഓരോ ഗോപന്മാരും വിരൽ നോക്കണോ കൈകൾ നോക്കണോ കാലിൽ നോക്കണോ കാരണം അവർക്കെല്ലാം അതിന്റെ പേരിലെങ്കിലും ഭഗവാനെ ഒന്ന് സ്പർശിക്കാനുള്ളൊരു ആ ഒരു ആനന്ദം അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമോ നന്ദഗോപരം ഉണ്ണിയെടുത്തു മാറോട് ചേർത്തു ഇപ്രകാരം എല്ലാവരും എടുക്കാൻ മാറോട് ചേർത്ത് തന്റെ മാറിനോട് ചേർത്ത് ഉമ്മ വയ്ക്കാൻ കൊതിക്കുന്ന ആ ഗോപി ഗോപന്മാരും ഗോപികമാരും കൊതിക്കുന്ന ആ ഭഗവാനെ അങ്ങയെ നോക്കി ഞാനും സന്തോഷിക്കുന്നു ഭൂയപിണമ പ്രണതാർത്തിഹാരീ ഗോവിളയാൽസുതം ഇയാദിമാതരപിതൃ പ്രമുഖതംസ്തവധാ വിഭോ ത്വമേവ ഭഗവാനെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ സാധിക്കുക അങ്ങേ പ്രണാർത്തിഹാരി ഗോവിന്ദ സാക്ഷാൽ ജഗദ്ഗുരുവായിരിക്കുന്ന ജഗന്നായകനായിരിക്കുന്ന ഭഗവാൻ തന്നെയല്ലേ രക്ഷിക്കുന്നത് സ്വന്തം പുത്രൻ ഈശ്വരരാണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല ഭഗവാനാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കുഞ്ഞ് ഏതായാലും ഈ കുട്ടിയെ ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിത അച്ഛനമ്മമാർ ഇപ്രകാരം പറഞ്ഞ് അങ്ങനെയുള്ള ഗുരുവായപ്പ എല്ലാവരും അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെ വാദാത്മകം ധനജമേവമി ആദുൽഭവന് മമമതന്മനോദു നോഷിം കോമി പുനരപ്യനിശ നിശേഷശമനം മൂലർ ത്വാ േ അനിലേശ ഗുരുവായൂരപ്പ വാദാത്മകം ധനുജമേവ പ്രദന്നൻ അങ്ങ് വാദരൂപത്തിൽ വന്ന അസുരനെ വേഗം വധിച്ച അവനെ മുക്തി കൊടുത്തു എന്റെ കാലിലുണ്ടുള്ളൊരു വാദം അതും വാദം കൊണ്ടുണ്ടായതാണ് അതാണ് വാദരോഗം അങ് എന്താണ് അവന് കൊടുത്ത പോലെ എനിക്ക് വാദരോഗത്തിൽ നിന്ന് മുക്തി തരാത്തത് ഇത്ര താമസം മമ വാദ വാദോത്ഭവാൻ ഗതാൻ കിംനോ അതുകൊണ്ട് ഭഗവാനെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനുള്ളത് നിശേഷരോഗം എന്റെ എല്ലാ രോഗങ്ങളെയും അവിടുന്ന് പരിഹരിച്ചു തരയണം ഈ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടുതിരിപ്പാട് ഉപസമിപ്പിക്കണം ഈ ലീലയുടെ പേരാണ് ലീലയുടെ പേരാണ് തൃണാവർത്ത മോക്ഷം എന്ന് പറയുന്നത് തൃണാവർത്തനെ മുക്തി കൊടുക്കുന്നത് അവൻ വാദരൂപത്തിൽ വന്നു കാറ്റിന്റെ രൂപത്തിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം തൃണാവർത്തൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുള്ള നമ്മളെ ജീവിതത്തിൽ നിന്ന് ഭഗവാനിൽ നിന്ന് അകറ്റുന്ന കാറ്റിന്റെ രൂപത്തിലുള്ള ചിന്തകളെ തന്നെയാണ് തൃണാവർത്തം എന്ന് പറഞ്ഞാൽ നിസ്സാരം നർത്ഥം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് വരി ചെയ്യുന്നതാണ് തൃണാവർത്തം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആസ് ദ മൈൻഡ് സോ ദ ലൈഫ് നാൾ നിങ്ങളുടെ മനസ്സ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകൾ നല്ല ചിന്തകളാണെങ്കിൽ നല്ല ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ ജീവിതത്തിലും ഉത്സാഹവും അതുപോലെ തന്നെ ധൈര്യവും എല്ലാം ഉണ്ടാവും ചിന്തകളെന്നും കാര്യങ്ങൾ ദുഃഖങ്ങളുടെ വിഷമങ്ങളുടെ പ്രയാസങ്ങളുടെ നമ്മൾ ഒരു നെഗറ്റീവ് സൈഡാണ് കാണുന്നതെങ്കിൽ ജീവിതത്തിനും എപ്പോഴും അത് ഈ തൃണാവർത്തൻ എന്നതിന് കുറേ കൂടി നമ്മൾ അർത്ഥം കാണുന്നത് കാണേണ്ടത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭയക്കുന്ന മനസ്സിനെയാണ് തൃണാവർത്തൻ അത് നമ്മളെ കാറ്റുപോലെ അകറ്റിക്കളയും എവിടെ നിന്ന് എവിടെ നിന്ന് വർത്തമാനകാലത്തിൽ നിന്ന് ഈ സമയം നമ്മൾ വർത്തമാനകാലത്തിലാണുള്ളത് പക്ഷേ ഭാവിയിലെ ചിന്തകൾ നമ്മളെ എവിടെ കൊണ്ടുപോകും വർത്തമാനകാലത്തിൽ നോക്ക് വളരെ ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞു ആ ടോപ്പിക് അല്ലേ ഭഗവാനെ അനുഭവിക്കണമെങ്കിൽ മനസ്സെപ്പോഴും എവിടെ വേണം വർത്തമാനകാലം കാരണം പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കുന്നത് ഭഗവാനാണ് പ്രവർത്തിപ്പിക്കുന്ന ഭഗവാനെ അറിയണമെങ്കിൽ മനസ്സ് വർത്തമാനകാലത്തിൽ പ്രവർത്തിക്കണം അപ്പൊ വർത്തമാനത്തിൽ പ്രവർത്തിച്ചാലേ വർത്തമാനകാലത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ആരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ മനസ്സിനെ നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വർത്തമാനകാലമായിരിക്കും ഈ വർത്തമാനകാലം ആണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രാരബ്ധം എന്ന് പറയുന്നത് ഇപ്പോ നിങ്ങളിവിടെ എന്തനുഭവിക്കണം എന്നത് ഇറ്റ്സ് ഓൾറെഡി ഡിസൈഡഡ് കാലം നിങ്ങൾ അതിലേക്ക് എത്തിച്ചിരിക്കും ഇപ്പോ നിങ്ങൾ ഇവിടെ വന്നിരിക്കണം കാലം നിങ്ങളുടെ തലയിൽ എഴുതിവച്ചു ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം കാലം നിങ്ങളെ എത്തിച്ചത് ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഇവിടുന്ന് മറ്റൊരു ദിക്കിലെത്തിക്കാം അതാണ് തൃണാവൃത്തം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കാലം എവിടെ എത്തിച്ചിരിക്കുന്നു അവിടെ തന്നെ ആരെയും എത്തിക്കണം ആരെയും എത്തിക്കണം മനസ്സിനെ എത്തിക്കണം മനസ്സിലായില്ല ഒന്നുകൂടി ശ്രദ്ധിക്കൂ ഈ നിമിഷം ഇവിടെ എന്ത് നിങ്ങൾ അനുഭവിക്കണമെന്നത് കാലം നിശ്ചയിച്ചു കാലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവകർമ്മങ്ങൾ നിശ്ചയിച്ചു ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്നത് കർമ്മഫലമാണ് കർമ്മഫലം എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോ നിങ്ങളിവിടെ അനുഭവിക്കുന്നത് നിങ്ങളിലൊരു ആത്മീയ സംസ്കാരത്തിന്റെ കർമ്മമുള്ളതുകൊണ്ടാണ് ഇപ്പോ നിങ്ങൾ അതിന്റെ കർമ്മഫലമായി ഇവിടെ ഇരിക്കണം എന്നുള്ളത് കാലം എത്തിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ മറ്റൊരു കർമ്മത്തിലേക്ക് നമുക്ക് വിധേയമാക്കാം വേറൊരു ചിത്തയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ നമ്മൾ വേറെ ചിന്തയിലേക്ക് കൊണ്ടുപോയാൽ കാലം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും മനസ്സിലായില്ലേ കാലം നമുക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിനെ കൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കൂടുതൽ ചിന്തിച്ച സമയം കാണാൻ അനുവദിക്കരുത് ഭാവിയിൽ എന്തു വരണം എന്ന് നിശ്ചയിക്കുന്നത് ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ഇവിടെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഭാവിയിൽ വരുന്നതും ഭഗവാൻ ഗീതയിൽ എന്താ പറയുന്നത് കർമ്മീവാധികാരസ്ഥേ ഇപ്പോ നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കൂ ഈ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ കീപ് യുവർ മൈൻഡ് വേർ യുവർ ബോഡി ചിന്മയാനന്ദ സ്വാമികൾ അങ്ങനെയാ പറയാം നിങ്ങളുടെ മനസ്സ് ശരീരം എവിടെയാണോ അവിടെ തന്നെ മനസ്സിനെ വെക്കുക അതാണ് ശ്രേഷ്ഠകരമായ കർമ്മം പെർഫെക്ഷൻ ഉണ്ടാവും മനസ്സിലായി ഇപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കുകയാണ് ശരാ ഈ ബാംഗ്ലൂരിൽ ആരെങ്കിലും ബോംബ് വെക്കുമോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവോ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ ശബ്ദവും കേൾക്കുന്നുണ്ട് എന്തായിരിക്കും അതൊക്കെ ബോംബിന്റെ സൂചന വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് അറിയില്ല ഒരർത്ഥമില്ലാത്ത അറിയി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാം ഇപ്പോ രണ്ടെണ്ണം കഴിച്ചാൽ മതിയിരുന്നു നാലെണ്ണം കഴിക്കേണ്ടിയില്ലായിരുന്നു ഓയിലാണ് ഡോക്ടർ പറയാറുണ്ട് കൂടുതൽ ഓയിൽ കഴിക്കരുത് കൊളസ്ട്രോൾ ഉണ്ടാവൂ ഇനി അതും കൂടെ പൊട്ടറ്റോ കഴിച്ചു അല്ലെങ്കിൽ വൈറൽ ഗ്യാസ് ഉണ്ട് ഇതൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഇനിയിപ്പത് തന്നെ ചിന്തിച്ച സമയം കളയരുത് മനസ്സിലായില്ലേ അങ്ങനെ നമുക്ക് വെറുതെ സമയം കളയാൻ ധാരാളം ചിന്തകളുണ്ട് അപ്പൊ ഈശ്വരനിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഭാവി കാര്യ ചിന്തകളിലേക്ക് ഒരുക്കുന്ന അത്തരത്തിലുള്ള ചിന്തകളെയാണ് തൃണാവർത്തൻ എന്ന് പറയുന്നത് തൃണം എന്ന് പറഞ്ഞാൽ നിസ്സാരമായത് ആവർത്തിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ് തന്നെയാണ് തൃണാവർത്തൻ തിരിച്ചറിയൂ അപ്പൊ അയാളെ നമ്മൾ എന്ത് ആ മനസ്സിനെ താഴ്ത്തണം തൃണാവർത്തനെ ശ്വാസം മുട്ടിച്ച് താഴെ കിട്ടു പറഞ്ഞാൽ നമ്മളെ ഈശ്വരിൽ നിന്നും അകറ്റുന്ന ചിന്തകളെ താഴ്ത്തിക്കൊണ്ട് നാം അതിന്റെ മുകളിൽ കളിക്കണം തൃണാവർത്തന്റെ മുകളിലാണ് ആര് കളിച്ചത് ഭഗവാൻ കൃഷ്ണൻ കളിച്ചത് പറഞ്ഞാൽ അത്തരത്തിലുള്ള ചിന്തകളുടെ മുകളിൽ ആരെ കളിപ്പിക്കണം ഭഗവത് ചിന്തകളെ കൊണ്ട് കളിപ്പിക്കണമെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉയർന്നു പറയുന്നു ഇപ്രകാരം ഭഗവാന്റെ തൃണാവർത്ത വധം അല്ലെങ്കിൽ മോക്ഷം ലീല കഴിഞ്ഞു ഇനിയാണ് ഭഗവാന്റെ നാമകരണം ചെയ്യുന്ന ലീല ഗൂഢം വസുദേവഗിരാകർത്തും നിഷ്ക്രിയ സംസ്കാരൻ ഹൃദ്ഗതൃഹോര ഹോരാതത്തോ ഗർഗമൈ തദ്ഗൃഹം വിഭോഗതവൻ ജ്യോതിശാസ്ത്ര തത്വം അറിയുന്നത് അതാണ് ഏത് ഹോരതത്വം ഹോരതത്വം അറിയുന്നവെന്നുള്ള ജ്യോതിശാസ്ത്രം അറിയുന്ന ഗർഗമുനി ഗൂഢം വസുദേവഗിര ഒരു ദിവസം വസുദേവര് ഗർഗമാഷിയെ കണ്ടു ഗർഗെന്ന് പറഞ്ഞാല് ഗർഗാചാര്യെന്ന് പറഞ്ഞാൽ യാദവന്മാരുടെ ഗുരുവാണ് ആര് ഗർഗാചാര്യ അപ്പൊ ഒരു ദിവസം ഗർഗാചാര്യ കണ്ടിട്ട് എന്താ ആചാര്യരെ ഉണ്ണികൾക്ക് പേരുന്നൂടെണ്ടേ അങ് ഇവിടെ എങ്ങനെ നിൽക്കണു അങ്ങ് പോയിട്ട് വേണ്ടി ഉണ്ണികൾക്ക് നാമകരണം ചെയ്യാൻ ഇത് കേട്ടപ്പോ അദ്ദേഹം സംസ്കാരാൻ കർത്തും ഭഗവാന്റെ ബലരാമസ്വാമിക്കെല്ലാം പേരിടാൻ വേണ്ടി അവിടെ നിന്നും പോയി എന്നാണ് എങ്ങോട്ടാ പോണത് അവിടുന്ന് നന്ദുഗോപൃഹത്തിലേക്ക് പ്രവേശിച്ചു എന്നിട്ടോ നന്ദോദനന്ദിതാത്മാതിഷ്ടം മാനയണ്ണമും യമിന മന്ദസ്മിതാർദ്ദമോജേ തൊൽ സംസ്കാരാൻവിതാദമുൽസ് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഗർഗാചാര്യരെ സ്വീകരിച്ചുകൊണ്ട് തുൽസംസ്കാരൻ വിതാദും ഉത്സുഗതി ഭഗവാന്റെ സംസ്കാരാദികൾ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നന്ദഗോപര് അത്തരത്തിലുള്ള സംസ്കാരങ്ങൾ ചെയ്യാൻ ഉണ്ണിക്ക് പേരിടാൻ വേണ്ടി ആ ഗർഗാചാര്യരോട് അപേക്ഷിച്ചതാണ് ഗർഗാചാര്യോ യതുവംശാചാര്യമിതി നന്ദഗോപുരേ ഞാൻ യതുകുല ആചാര്യൻ ഞാൻ യതുവംശത്തിന്റെ ആചാര്യനാണ് ഇവരാ നിങ്ങളാണെങ്കിലോ ഗോപന്മാരാണ് അപ്പൊ നിങ്ങളുടെ കുട്ടിയെ ഞാൻ നാമകരണം ചെയ്താൽ കംസരെങ്ങാനും ഇതറിഞ്ഞാൽ കംസൻ തെറ്റിദ്ധരിക്കും ഈ കുട്ടികളൊന്നും നിങ്ങളുടെ കുട്ടികളല്ല ഇവരൊക്കെ യാദവന്മാരാണ് വസുദേവരുടെ കുട്ടികളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നാളെ കുട്ടികളുടെ ഭാവിയെ അത് അപകടത്തിലാക്കും അതുകൊണ്ട് ഇക്കാര്യം നമ്മൾ സൂര്യഭൃതമിതമാരും നമ്മുടെ ഈ കാര്യം എന്ത് ചെയ്യണം ആരും അറിയാതെ രഹസ്യമായി ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തവ അഗ്രസ്യനാമാനീ ചക്രേ ഭഗവാന്റെയും രാമന്റെയും നാമം നിശ്ചയിക്കാൻ ആ ഗർഗാചാര്യൻ നിശ്ചയിച്ചു എന്നിട്ടോ ഭഗവാനാണ് ആദ്യം ഇവിടെ ഗർഗാചാര്യർ ഭട്ടതിരിപ്പാട് എടുക്കുന്നത് കൃഷ്ണനെയാണ് ആദ്യം എന്നാൽ ഭാഗവതത്തിൽ ആദ്യം പേരിടുന്നത് ബലരാമസ്വാമിക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം എന്തായാലും ഭഗവാനാണ് ആദ്യം പേരിടുന്നത് കഥമസ്യ നാമ കുറുവേ സഹസ്രനാമനോഹി അനന്തനാംനോവാ ഇതിനോനം ഭഗവാന്റെ മനോഹരമായ രൂപത്തിലേക്കും കണ്ണിലേക്കും നോക്കിയപ്പോ ആ കാരുണ്യ സ്ഫിരിക്കുന്ന കണ്ണിലൂടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യത്തെ ഗർഗാചാര്യർക്ക് മനസ്സിലായി ഈ ഉണ്ണി സാധാരണ ഉണ്ണിയല്ല സാധാരണ മനുഷ്യക്കുട്ടിയല്ല സഹസ്രനാമനോ അനന്തനാമനോ ഈ ഉണ്ണിക്ക് സഹസ്രം പേരുകളുണ്ട് അനന്തം പേരുകളുണ്ട് അഹം കഥം നാമ എന്ത് പേരാണ് ഈ കുട്ടിക്ക് ഞാനിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാന് രഹസ്യമായി നാമം ചെയ്തു എന്താണ് പേരിടുന്നത് രണ്ടു കാര്യങ്ങൾ കണ്ടു എന്താ ക്രു എന്ന് പറഞ്ഞാല് ക്രു എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനർത്ഥം കാലത്തിന് അതീതമായ ഒരു ചൈതന്യം അർത്ഥം ക്യീ കുട്ടിയെ ധരിച്ചിരിക്കുന്നത് കാലത്തിനതീതമായൊരു തേജസ്സാണ് ഒരു ശക്തിയാണ് അതിനെ കൃ എന്ന അക്ഷരം കൊണ്ട് അർത്ഥമാക്കി നായെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയിൽ അനന്തമായൊരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനന്തമായൊരു ഒരു തേജസ് ശാന്തിയുടെ തേജസ് കാണാൻ പറ്റുന്നുണ്ട് ആനന്ദവും കാണാൻ പറ്റുന്നുണ്ട് ഇപ്രകാരം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സത്തയും ആനന്ദവും എന്ന് രണ്ടക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് കൃ ന രണ്ടുകൂടി ചേർന്ന് കൃഷ്ണ എന്നുള്ള ശബ്ദം വന്നു കൃ ാദൂന് സത്ത എന്നും ന എന്നതിന് ആനന്ദമെന്നും അർത്ഥം കൽപ്പിച്ചുകൊണ്ട് കഥയദൃശി കൃഷ്ണനാമതേവേതനോ കൃഷ്ണൻ എന്ന പേരിട്ടു അപ്പൊ കൃഷ്ണൻ എന്ന ശബ്ദത്തിനർത്ഥം ഒന്ന് ഉള്ളിൽ കാലത്തിനതീതമായൊരു സത്തയും എപ്പോഴും ആനന്ദത്തിലിരിക്കുന്നവൻ എന്നർത്ഥം അതാണ് ഭഗവാൻ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സത്തയെ നാശമില്ലാത്ത സത്തയെ മനസ്സിലാക്കി അതിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഭഗവാനെ പൂർണാവതാരം എന്ന് വിളിക്കുന്നത് നമ്മളൊക്കെ അംശാവതാരങ്ങളാണ് ഭഗവാന്റെ അവതാരം തന്നെയാണ് നമ്മളും നമ്മൾ അവതാരമല്ലാന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഭഗവാനെ വിളിക്കുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പൂർണ്ണാവതാരം എന്താ പൂർണ്ണാവതാരം എന്ന് പറഞ്ഞാൽ തന്നിലിരിക്കുന്ന പൂർണമായ ചൈതന്യത്തെ ഒരു നിമിഷം പോലും മറക്കാതെ ജീവിതം കൊണ്ടു നടന്ന കൃഷ്ണൻ ജനിച്ച കാരാഗ്രഹത്തിൽ ആ നിമിഷം മുതൽ കാരാഗ്രഹത്തിലാണല്ലോ ഭഗവാൻ അവതരിക്കുന്നത് ആ നിമിഷം മുതൽ ശരീരത്തിൽ അമ്പയറ്റ് ശരീരം ഉപേക്ഷിക്കുന്നത് വരെ ഭഗവാൻ തന്റെ ഉള്ളിലുള്ള പൂർണമായ നശിക്കാത്ത സത്തയെക്കുറിച്ച് അല്പം പോലും മറന്നിട്ടില്ല അവൻ അതുകൊണ്ട് തന്നെ വികാരത്താൽ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും ഈ വിചാരമുണ്ടായിരുന്നു ഭഗവാൻ തന്നെ പറയും എങ്ങനെയാണ് ജീവിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയും മനസ്സും രണ്ടും പ്രയോജനപ്പെടുത്തി ജീവിക്കണം നമുക്ക് പലപ്പോഴും ഇത് പറ്റാറില്ല എന്താ ഈ ബുദ്ധിയും മനസ്സും പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് നമുക്കെപ്പോഴും ബോധമുണ്ടാവണം എന്നിൽ നശിക്കാത്തൊരു ശക്തിയുണ്ട് കാലത്തിനതീതമായ ശക്തിയിലാണ് എന്റെ മനസ്സും ശരീരവും നിൽക്കുന്നതെന്ന് ആർക്ക് ബോധം വേണം ബുദ്ധിക്ക് ബോധം വേണം ഇനി മനസ്സിനെപ്പോഴും ബോധം വേണം ഈ ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സഹകരണവും സ്നേഹവും മാത്രമാണ് എല്ലാവരോടും നമുക്ക് സഹകരിക്കാൻ സാധിക്കണം ഏത് സ്വഭാവക്കാരായാലും ആ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് സഹകരിക്കാൻ സാധിക്കും സഹകരണവും സ്നേഹവും മാത്രമാണ് ആർക്കാവശ്യം ഈ ലോകത്തിനാവശ്യം അപ്പൊ മനസ്സുകൊണ്ട് സഹകരിക്കാനും മനസ്സുകൊണ്ട് സ്നേഹിക്കാനും ബുദ്ധി കൊണ്ട് ഓർമ്മിക്കാനും നമുക്ക് സാധിക്കണം ഈ ലോകത്തോട് സഹകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിച്ചാൽ നമ്മളെ തളർത്താൻ ഒരു അനുഭവത്തിനും സാധ്യല്ല ഇത് ഭഗവാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കി ലീലകളാടിയിരുന്നു അതാണ് കൃഷ്ണ എന്നുള്ള ശബ്ദത്തിന് അർത്ഥം എന്നിട്ടോ അന്യാം ചാമഭേദാൻ വ്യാകുറുവൻ അതിമാനുഷാനുഭാവം അന്യാംശനാമ ഭേദാൽ വേറെയും ചില പേരുകൾ അങ്ങേക്ക് കൽപ്പിച്ചു എന്തൊക്കെയാണ് വസുദേവൻ എന്നൊരു പേര് എന്താണ് വസുദേവന്റെ പുത്രനാണ് അതുകൊണ്ടങ്ങയ്ക്ക് വാസുദേവൻ എന്നൊരു പേരുണ്ട് നാരായണൻ പല പേരുകളും പറഞ്ഞു എന്നൊരു പറഞ്ഞോ നന്ദഗോപുരോട് പറയാണ് നോക്കൂ ഈ കുട്ടിയിലുണ്ടല്ലോ ഈശ്വരീയമായ എല്ലാ ഗുണങ്ങളും കാണുന്നുണ്ട് ഈശ്വരനാണെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം അതുകൊണ്ട് നല്ലവണ്ണം ഈ കുട്ടിയെ നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളൂ കുട്ടി രക്ഷിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പിന്നീട് രാമനോ അഗ്രജയെ അഗ്രജൻ എന്താ പേര് കൊടുത്തത് രാമൻ എന്ന് പേര് കൊടുത്തുന്ന് രാമാധീൻ ബലരാമൻ സംഘർഷനൻ എന്നൊക്കെ പേര് കൊടുത്തു ഇപ്രകാരം ബലരാമസ്വാമിയും കൃഷ്ണനും രണ്ടുപേർക്കും പേരു കൊടുത്തു എന്നിട്ടോ ശനിഹ്യതീ യസ്തവപുത്രേ മുഹ്യതിസനമായികേ പുനഃശോഗേ തൃഹ്യതീയ സുനശേദീ നി നിശ്യതി യഹ ആരാണോ ഭഗവാനെ പ്രേമത്തോടെ ഭഗവാനോട്ക്കുന്നത് സ്നേഹിക്കുന്നത് അവരെല്ലാം മുഖ്യധീന ജീവിതത്തിന്റെ ഒരു പ്രശ്നങ്ങളിലും തളരുകയില്ല പതരുകയില്ല എന്നാൽ മായികെ ശോകെ ഭഗവാനോടടുക്കാത്ത വ്യക്തികളെല്ലാം ഭഗവാനെ അടുക്കാതെ ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെല്ലാം ജീവിതത്തിൽ പലതരത്തിലും ദുഃഖിക്കാനും കരയാനും തളരാനും ബാധ്യസ്ഥരാണ് ഇപ്രകാരം അവർ നശിക്കാനും ബാധ്യസ്ഥരാണ് എന്നല്ല ആ മഹർഷി വര്യൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു തേ മഹത്വം ഋഷവര്യ അവതൽ എന്നിട്ടോ ജേഷതി ബഹുദര ദൈത്യാൻ നേശതി ബന്ധുലോകമലപഥം അമലപഥം ഷീ വിമലകീർത്തി ഹുതരദൈത്യാൻ ജേഷ്യതി അനേകം അസുരന്മാരെ ഈ കുട്ടി വധിക്കും നിജബന്ധുലോകം അമലപദം നേശ്യതി തന്റെ ബന്ധുക്കളെയെല്ലാം ശ്രേഷ്ഠമായ പദത്തിലേക്ക് ഉണ്ടി ഉയർത്തും അസ്യമല കീർത്തി ശോഷതി അങ്ങ് ഈ കുട്ടിയുടെ വിമല കീർത്തിയെ കേൾക്കും എന്നെല്ലാം നന്ദഗോപാദികൾക്ക് ഗർഗാചാര്യൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു എന്നിട്ടോ അമുനൈവ സർവദുർഗംസ്തമത്രം ഹരിവേദി അനഭിലവൻ ഇത്യാദി ത്വാം അവർ അമുനായവ സർവദുർഗം ധരിസ്ഥ നിങ്ങൾ ഇവനെക്കൊണ്ട് സർവ ദുർഘടങ്ങളും തരണം ചെയ്യും അതുകൊണ്ട് കൃതാസ്ത്വം തിഷ്ടത്വം ഇത്യാദി ഇവനിൽ തന്നെ മനസ്സിനെ നല്ലവണ്ണം ഉറപ്പിക്കൂ ഇവൻ നിങ്ങളെ അനുഗ്രഹിക്കും ഹരിയേ വൈദി ഇവൻ ഹരിതന്നെ എന്ന് അനഭിലവൻ തുറന്നു പറയാതെ ഭഗവാന്റെ ഗുണങ്ങളൊക്കെ ഇവനിലുണ്ടെന്ന് ഇംപ്ലൈഡ് ആയിട്ട് പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ എന്ന് പറയുന്നത് എന്നിട്ടോ ഗർഗേദ നിർഗതേസ്മിൻ നന്ദിത നന്ദാതി നന്ദി സ്മാനസ്ഥം മദ്ഗത കരുണോ നിർഗമായ ശ്രീമരുപുരാതീശ അതിനുശേഷം ഗർഗയെ നിർഗതി ഗർഗാചാര്യർ പോയതിനുശേഷം നന്ദാദികൾ ആ ഉണ്ണിയെ ഏറെ ലാളിച്ചു സാക്ഷാൽ ഭഗവാന്റെ സർവഗുണങ്ങളും അടങ്ങുന്ന ഈ ഉണ്ണി എത്രയോ സർവശ്രേഷ്ഠനാണ് ഈ ഉണ്ണി ഞങ്ങൾ ഉയർത്തും എന്നെല്ലാമാണല്ലോ പറഞ്ഞത് ഉദ്ഗത കരുണ കരുണാമയനായിരിക്കുന്ന ഗുരുവായൂരപ്പ അപ്രകാരമുള്ള ഗുരുവായൂരപ്പ എന്നെ അനുഗ്രഹിക്കേണമേ എന്റെ ഗതം നിർഗമയ എന്റെ എല്ലാ രോഗങ്ങളും അകറ്റിയണമേ എന്ന് പറഞ്ഞ് ഉപസമരിപ്പിച്ചു ഇങ്ങനെ കൃഷ്ണൻ എന്ന പേര് ഭഗവാന് കൊടുത്തു ഭഗവാന്റെ പേര് കൃഷ്ണനെന്നും ബലരാമസ്വാമിയുടെ പേര് രാമനെന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം രാമനും കൃഷ്ണനും ഇതേത് രൂപത്തിലാണ് നിങ്ങൾ കാണുന്നത് ഇതിനെ നിങ്ങൾ അല്പം ശാസ്ത്രീയ ബുദ്ധിയോടുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ പ്രകൃതിയിലെ രണ്ട് സത്യങ്ങളെയാണ് ആചാര്യം നമുക്ക് കാണിച്ചു വരുന്നത് ഒരു ഫിസിക്സിന്റെ ഒരു ഫിസിന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് പറയും ഈ പ്രപഞ്ചത്തിൽ രണ്ട് ശക്തികളെയുള്ളൂ ഒന്ന് എനർജിയും രണ്ട് മാട്രും മണ്ണും മണ്ണുകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളും നൂലും നൂലുകൊണ്ടുണ്ടാക്കപ്പെടുന്ന വസ്ത്രങ്ങളും ഇതുപോലെ ഈ പ്രപഞ്ചം അവരുടെ ദൃഷ്ടിയിൽ കണങ്ങളാണ് ആറ്റങ്ങളാണ് അതാണ് പലതരത്തിൽ വികസിച്ച് സൂര്യനും ചന്ദ്രനും ഭൂമിയും പലതുമായി തീർന്നിരിക്കുന്നത് ഒന്നുകൂടി നിങ്ങൾ സയന്റിഫിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ശക്തി വികസിക്കുന്നതാണ് കാശത്തിൽ ശക്തിയുടെ ചലനമാണ് വായു വായുവിലുണ്ടാവുന്ന ഘർഷണമാണ് രണ്ട് തരംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിലൊരു അഗ്നി അഗ്നി തന്നെ നിന്നിട്ടാണ് നിന്ന് കുറെ ചൂട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ എന്തുവരും നിങ്ങൾ വേർക്കാൻ വെള്ളം വരും വെള്ളം കുറെ കാലം ഖരീഭവിക്കുന്നതാണ് കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് അന്റാർട്ടിക്കണ്ടല്ലേ അങ്ങനെ കിടന്ന് കിടന്ന് പിന്നീടത് എന്തായിത്തീരും സോളിഡായിത്തീരും വെള്ളം തടുത്തു കഴിഞ്ഞാൽ എന്താവും അത് കോടാനുകോടി വർഷങ്ങൾക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീടത് ലോഹങ്ങളായി മണ്ണായി പല രീതിയിൽ മാറിക്കഴിഞ്ഞു പറയാം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരേ ശക്തി തന്നെയാണ് രൂപാന്തരം വന്ന് എന്തായി മാറിയിരിക്കുന്നത് സോളിഡ് ഇത് നിങ്ങൾക്ക് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിലത്ത് കടത്തുന്നില്ലേ എന്തിനായി നിലത്ത് കടത്തുന്നത് ഈ ശരീരം മണ്ണിലുണ്ടായ ഭക്ഷണത്തിൽ നിന്നാണ് ഇത്ര വികസിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലും മാംസവും എല്ലാം വാസ്തവത്തിൽ എന്ത് തന്നെയാണ് മണ്ണ് തന്നെയാണ് മറ്റൊരു രൂപാന്തരം എന്ന് പറയുന്നത് പക്ഷെ മണ്ണായി തോന്നുന്നുണ്ടോ ഇറ്റ് ഇസ് നത്തിംഗ് ബട്ട് എർത്ത് അതാണ് ജീസസ് പറഞ്ഞത് ബൈബിളിന് മനുഷ്യാനീ കേട്ടില്ല ജീസസിന്റെ ഒരു പ്രഖ്യാപനമുണ്ട് മനുഷ്യാനി മണ്ണാകുന്നു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ ഈ ശരീരം മണ്ണ് തന്നെയാണിത് അതുകൊണ്ട് നോക്കും മണ്ണിന്റെ പ്രത്യേകത ഗന്ധമാണ് വാസനയാണ് നമ്മൾ രണ്ടു ദിവസം കുളിച്ചില്ലെങ്കിലോ നിങ്ങൾക്ക് വാസന ഉണ്ടാവില്ല അല്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ കുളിച്ചിട്ട് അടുത്തുവിടുന്നത് പെർഫ്യൂം അപ്പോ ഈ ശരീരത്തിന് മണ്ണിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് ഇത് മണ്ണ് തന്നെയാണ് രണ്ടാമത് ഈ ശരീരത്തെ നിലനിർത്തുന്നത് വെള്ളമാണ് അതുകൊണ്ട് വെള്ളത്തിലെ കുളിപ്പിക്കുന്നു പിന്നെ അഗ്നിയാണ് അഗ്നിയിലേക്ക് സമർപ്പിക്കുന്നു വായുവായി ആകാശമായി ഇപ്പൊ ഈ ശരീരം ഭൂമി വെള്ളം അഗ്നി വായു ആകാശം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ അപ്പൊ ഇതെവിടെതാ വന്നത് ആകാശം തന്നെ വികസിച്ച് അത് വായുവായി അത് അഗ്നിയായി ജലമായി പിന്നീട് ഭൂമിയായി വികസിച്ചു വീണ്ടും അത് ഭൂമി വെള്ളത്തിലേക്ക് ചേർന്നു വെള്ളം അഗ്നിയിലേക്ക് ചേർന്നു അഗ്നി വായുവിലേക്ക് ചേർന്നു വായു ആകാശം ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീനും പറഞ്ഞത് ഏത് ഏതിൽ നിന്ന് അത് അതിലേക്ക് തിരിച്ചു പോകും അതിനു മുമ്പ് നമ്മുടെ പ്രളയം എന്ന് വിളിച്ചു പ്രളയം എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് വന്നു അതിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് ലയം ഇതി പ്രളയം അതാണ് ആ ശബ്ദത്തിനർത്ഥം ലയിച്ചു പോവുക ഇത് തിരിച്ചു പോവേണ്ടതാണ് അപ്പൊ അങ്ങനെ വളരെ ശ്രദ്ധിക്കണ ഈ പറയുന്നത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മമായ ഊർജം വികസിച്ച് ഉണ്ടായിട്ടുള്ളതാണ് സൂക്ഷ്മമായ ഊർജത്തിന്റെ വികാസമാണ് ഈ പ്രപഞ്ചമുള്ളത് അപ്പൊ ചോദിക്കട്ടെ ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഊർജം വികസിച്ചു മനസ്സാകുന്ന ഊർജം വികസിച്ചു മനസ്സാകുന്ന ഊർജം വികസിച്ചു ഈ കാണുന്ന കെട്ടിടങ്ങളും സർവവും എവിടെന്നാ വന്നത് അതെവിടെയായിരുന്നു ഒരിക്കൽ ഇപ്പൊ നിങ്ങളുടെ വീടും ഈ ചുറ്റുപാടും റോഡുകളും സൗകര്യങ്ങളും ഒക്കെ എവിടെയിരുന്നു എവിടെന്നാ വികസിച്ചു വന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് മനസ്സൊന്നൊരു സാധനമില്ലെങ്കിൽ ഇതൊന്നും വികസിക്കാൻ നമ്മൾ നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല മനസ്സ് എങ്ങനെ വികസിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ പ്ലാൻ വന്ന് ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തു കൂട്ടിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതെല്ലാം തകർത്താലും ഇത് പഴയ അവസ്ഥയിലുണ്ടാവും അല്ലേ ഈ കെട്ടിടങ്ങളും ഒക്കെ അത് ഭൂമിയിൽ തന്നെ ഉണ്ടാവും അല്ലേ അപ്പോ ഇവിടെയുള്ള സാധനങ്ങൾ കൂട്ടിവെച്ച് മറ്റൊന്നുണ്ടാക്കിയത് നമ്മുടെ മനുഷ്യ മനസ്സാണ് അപ്പൊ അത് വികാസമാണ് ഈ കാണുന്നത് ഇനി മനസ്സിന് വികസിക്കണമെങ്കിൽ ഈ ശരീരത്തിലൊരു അരുവേണം ആര് വേണം ചൈതന്യം വേണം എന്ന് വരെയാണ് ജഡമായ മനസ്സിനൊരിക്കലും ഒന്നും ചിന്തിക്കാൻ സാധ്യല്ല ചൈതന്യമുള്ള മനസ്സിനെ വല്ലതും ചിന്തിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചൈതന്യവും അതിന്റെ കൂടെ എപ്പോഴും ആരുമുണ്ടാവും മനസ്സുമുണ്ടാവും ഇനി മനസ്സില്ലെങ്കിലും ആർക്ക് നിലനിൽക്കാൻ പറ്റും അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ മനസ്സില്ലെങ്കിലും ചൈതന്യമായി നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടോ എപ്പോ ഉറക്കത്തിൽ നിങ്ങൾക്ക് മനസ്സില്ലേ അപ്പോഴും പക്ഷെ നിങ്ങളിൽ ചൈതന്യമുണ്ട് അപ്പോ ബലരാമസ്വാമിയും അതുപോലെ കൃഷ്ണനുമെന്ന് പറഞ്ഞാൽ ബലരാമസ്വാമി നമ്മുടെ മനസ്സാണ് കൃഷ്ണൻ നമ്മുടെ ചൈതന്യമാണ് ഈ അർത്ഥത്തിലെടുക്കുമ്പോഴല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ബലരാമനും ഇരിക്കുന്നത് കൃഷ്ണനും ബലരാമൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ രവിപ്പിക്കുന്നതും മനസ്സാണ് നിങ്ങൾക്ക് ബലം തരുന്നതും മനസ്സാണ് പക്ഷേ മനസ്സിന് ബലം തരണമെങ്കിൽ മനസ്സിൽ രമിക്കണമെങ്കിൽ ഉള്ളിലാര് വേണം ഒരു പ്രശ്നം അതുകൊണ്ട് കൃഷ്ണൻ ചെറുതും ബലരാമനാദ്യം വന്നവനുമായി കൃഷ്ണൻ ചെറുതാണെങ്കിലും കൃഷ്ണനാണ് ബലരാമനേക്കാളും സർവത്ര നിറഞ്ഞിരിക്കുന്നവനും സർവവ്യാപിയുമായിരിക്കുന്നത് അതുകൊണ്ടാണ് അനന്തനാമനോ സഹസ്രനാമനോ ഇതൊക്കെ കൃഷ്ണനേ ഉള്ളൂ ആർക്കില്ല ബലരാ മനസ്സിലാവുണ്ടല്ലോ ഈ രീതിയിൽ അർത്ഥമെടുക്കുമ്പോ കൃഷ്ണനും ബലരാമനും ഈ നിമിഷം എവിടെയുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് ഈ രീതിയിലാണ് ആചാര്യന്മാരതിനെ കണ്ടിരിക്കുന്നത് നമ്മളതിനെ വെറും ഒരു മനുഷ്യരൂപത്തിൽ കണ്ട് കഥ പറഞ്ഞു പോവുകയാണ് ദേവകീ ദേവി പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണി മരിക്കണം അത് പ്രകൃതിയുടെ നിയമമാണ് മനസ്സിലായില്ലേ ഭാഗവതത്തിൽ തന്നെ പറയും കണ്ടകം കണ്ടകേ നൈവ കാലിൽ മുള്ളു തറച്ചാൽ വേറൊരു മുള്ളെടുത്തുകൊണ്ട് മുള്ളെടുക്കും എന്നാൽ എന്ത് ചെയ്യും കാലിൽ മുള്ളു തറച്ചാൽ പണ്ടി പിന്നൊന്നും കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു ആളുകൾ പോകുന്ന സമയത്ത് മുള്ളു നിറച്ചാൽ ഒരു മുള്ളുകൊണ്ട് ആ മുള്ളിനെടുക്കും ഞാൻ എന്തിയും രണ്ടു മുള്ളും പരിചയം ഇതുപോലെ ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വന്ന ഒരു അവതാരമൂർത്തി ഭൂമിയുടെ ഭാരം എങ്ങനെയാണോ തീർക്കുന്നത് അതുപോലെ അയാളും ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടതുണ്ട് കൃഷ്ണരൂപം മരിക്കേണ്ടതുണ്ട് കൃഷ്ണതത്വം മരിക്കില്ല നാം ഇന്ന് കൃഷ്ണരൂപത്തിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നീ യു ലോസ്റ്റ് ഇറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ കൃഷ്ണ തത്വത്തിലാണ് പിടിക്കുന്നതെങ്കിൽ ആ തത്വം എവിടെ കാണാം നമ്മുടെ ഉള്ളിൽ തന്നെ കാണാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ രൂപം വേണ്ട പറയുന്നില്ല രൂപമുണ്ടെങ്കിലേ ആരെ പിടിക്കാൻ പറ്റുള്ളൂ രണ്ടും മനസ്സിലാക്കണം രൂപമുണ്ടെങ്കിലേ തത്വം പിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ രൂപത്തെ പിടിക്കുകയും വേണം തത്വത്തെ ഗ്രഹിക്കുകയും വേണം തത്വത്തെ ഗ്രഹിക്കും ആരെ വിടാം രൂപം വിടാം ഇത് അടയുണ്ടാക്കുന്നത് പോലെയാണ് ഏതട പാലക്കാടനടയല്ല മലബാർ ഭാഗത്തുള്ള ഇട പാലക്കാട് നടശ മറ്റേ ഇടയുണ്ട് ഇലയിലുണ്ടാക്കുന്ന അടയുണ്ടല്ലോ ഇലയുണ്ടെങ്കിൽ അട ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ത് വേണം അടയുണ്ടാക്കിയിരിക്കുന്നത് ഇല കഴിക്കാനല്ല ഇല കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള മാധുര്യമുള്ള അട കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ നിങ്ങൾ അടയും കണ്ട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെ കളയാം ഇല കളാം ഇതുപോലെയാണ് രൂപങ്ങളൊക്കെ ഇലയാണ് അത് അതിന്റെ ഉള്ളിലുള്ള ആ അട കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ഇല വെച്ചിരിക്കുന്നത് നമ്മളെന്ത് വേണം രൂപത്തെ മാറ്റി ഇലയെ മാറ്റി അട കഴിക്കണം അട കഴിച്ചാൽ പിന്നെ എന്ത് വേണ്ട ഇല വേണ്ട ആവശ്യമില്ല ആളുകൾ ഈ അട കഴിക്കാതെ എലയും കൊണ്ട് നടക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം ടേസ്റ്റ് ഇതെന്താ ടേസ്റ്റ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും ചില കുട്ടികളുണ്ടല്ലോ ചോക്ലേറ്റിന്റെ കവർ എടുത്ത് വെക്കണോ അതുപോലെയാണ് ആ റേപ്പർ എടുത്ത് വെക്കുന്ന പോലെ നമ്മൾ ഈ രൂപത്തെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് വളരെ രസകരമായിട്ട് ഭഗവാൻ പറയും നിങ്ങൾ എന്റെ രൂപത്തെ പിടിക്കുകയും വേണം എന്റെ രൂപത്തെ വിടുകയും വേണം പക്ഷേ അതിലൂടെ ആരെ പിടിച്ചിരിക്കണം തത്വം പിടിച്ചിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ നിന്നിട്ടാണ് അട കഴിക്കുന്നത് വിചാരിക്കുക ഇല എടുത്ത് തുറന്നു അട താഴോട്ട് വീണു ഇല പിടിച്ചിട്ട് എന്താ കാര്യം ഇതുപോലെയാണ് ഭൂരിപക്ഷം ആളുകളോ അവർ ഇല പിടിക്കുന്നുണ്ട് പക്ഷേ അട എടുക്കുന്നതിന് മുമ്പ് അട താഴേക്ക് കാരണം സത്സംഗ സംസ്കാരമില്ല അതുകൊണ്ട് അവർക്ക് അട പിടിക്കാൻ പറ്റുന്നില്ല അവര് അട പിടിക്കുന്നതിന് മുമ്പ് അട പോയി പോവുകയാണ് ഇതൊക്കെ മനസ്സിലാക്കും രസകരമാണ് ജീവിതം ധന്യമാക്കാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഈ വെറുതെ രൂപവും വെച്ചുകൊണ്ട് കൃഷ്ണ വെരുവായിരിപ്പ എന്നെ രക്ഷിക്കുക എന്റെ രോഗം മാറ്റൂ എന്റെ കാലു മാറ്റൂ എന്റെ കൈ മാറ്റൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോർക്ക് അവിടെ ഇരുന്നിട്ട് നമ്മുടെ കൈയും കാലം മാറ്റാൻ പറ്റില്ല ഇനി അങ്ങൊരു കൈയും കാലം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ വേറെ പ്രശ്നമായിട്ട് വരും മനസ്സിലായില്ലേ ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്നിട്ടോ ലീലകള് അയിസമുരാരണിജാരു പ്രചാരമപാഗൻ ഊഷയന്തോ ചരിതചരണകംജോ മഞ്ജു മഞ്ജീരശിഞ്ഞ്ജോ ശ്രവണകുതുഗാജോ ശരദോ ചാരുമേ ഒരു ചെറിയ കുട്ടിയുടെ നടത്തം എപ്രകാരമായിരിക്കോ ആ ചിലങ്കകൾ കാലിലെ പാതസരം കിലക്കിക്കൊണ്ടുള്ള യാത്ര അതാണ് പട്ടതിരിപ്പാട് എങ്ങനെ ചിലിച്ചിലിച്ചൊക്കെ ചാചാ ചാ ചാ ച എന്നുള്ള ശബ്ദം പറയുന്നത് പറയണോ ഐ സബലമുറേ ഹേ മുറാറേ പാണിജാണുപ്രചാരേ അവിടുന്ന് കാലിലെ മുട്ടിൽ എഴുന്നു നടക്കുന്ന ആ ഒരു രംഗം പൂഷയെന്തോ മഞ്ജുമഞ്ചീര ആ കാലിലടിഞ്ഞിരിക്കുന്ന പാതസരത്തിനെങ്കിലെങ്കിലും എന്നുള്ള ശബ്ദം കേൾക്കാൻ എല്ലാവരും അത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ അത്ഭുതത്തോടെ അങ്ങയുടെ ആ മുട്ട് മുട്ടിൽ മുട്ടുകുത്തി നടക്കുന്ന യാത്ര നോക്കിയതെന്ന് തോന്നുന്നു ഭഗവാനാണെങ്കിലോ കൊതിപ്പിക്കുന്ന വിധത്തിൽ കുട്ടികൾ അങ്ങനെയാണോ പെട്ടെന്നൊരു പോക്ക് പോകും അവിടെ നിൽക്കും വീണ്ടും അങ്ങോട്ട് പോകും എവിടെ വരണ്ട വരില്ല വലുതായാലും ഇങ്ങനെ തന്നെയാണെന്ന് അവർക്കറിയാം കുട്ടികൾ കാൽമുട്ടിലൊരു പോക്ക് അങ്ങോട്ട് പോവും പിന്നെ അവിടെ നിങ്ങോട്ട് വരും ഇതുപോലെയാണ് ചിലർ മോർണിംഗ് വാക്കിന് പോകുന്നത് രാവിലെ ഒരു പോക്ക് അതേപോലെ ഇങ്ങോട്ട് വരും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മനുഷ്യനുള്ള കാലം വറക്കില്ല പറയാണ് ഇങ്ങനെ നമ്മൾ കറകണോ അത് കാണാനൊരു കൗതുകം എന്നിട്ടോ ചിലർക്കാണെങ്കിൽ നടത്തത്തിൽ കൗതുക ഇല്ലാത്തവരെ പട്ടിയും കൊണ്ട് അതൊരു കൗതുകം അങ്ങനെയും പല രീതിയിൽ ഓരോരുത്തരും ആസ്വദിക്കുന്നു കാര്യങ്ങൾ മൃദമൃത വികസവന്തോ ഒന്മിഷൻ ഭുജകളിതകരാന്ത വ്യാലകൽ കങ്കണാങ്കോ മതിമഹരോ അശ്യതാം വിശ്വദൂണാം മൃദുമുതുമസന്തോ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നേരെ പുഞ്ചിരിക്കും ആകെ രണ്ട് പല്ലേ ഉള്ളൂ അത് കാണിച്ചുകൊണ്ട് പുഞ്ചിരിക്കും പുന്മിഷൽ എന്തവുണ്ടോ പല്ല് കാട്ടിച്ചിരിക്കും കുട്ടികളുടെ ഓരോ കോമളത്തരമുണ്ടല്ലോ വതനപതിത കേശോ മുഖത്ത് വീണിരിക്കുന്ന കേശം കൊണ്ട് ദൃശ്യപാതാദ്യദേശോ കാലിങ്ങനെ മുട്ടുകുത്തുന്ന സമയത്ത് ഉൾക്കാല് കാണാം ആ ഭാഗം കാണാം അതൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്രകാരം കങ്കണാങ്കോ കാലിലുള്ള കൈകളിലുള്ള വളകളും പഞ്ചിരങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ആളുകളെ മുഴുവൻ വിശ്വതൃണാം മതിം എല്ലാവരുടെ മനസ്സിനെയും അവിടുന്ന് അങ്ങയിൽ തന്നെ പിടിച്ചുവെച്ചു കൃഷ്ണ അങ്ങനെ ആകർഷിക്കപ്പെട്ടു എല്ലാവരും എന്നിട്ടോ അനുസരിതിജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമവികത നിനാദം വനിതവദനപത്മം പൃഷ്ഠോദത്ത ദൃഷ്ടി കിമേന കൗതുകം വാസുദേവ എല്ലാവരും കൗതുകത്തോടുകൂടിയിട്ട് അവിടുത്തെ മുട്ടുകുത്തുന്ന കാഴ്ച കാണാൻ വരുന്ന സമയത്ത് അവർന്ന് കൗതുക വ്യാകുലാക്ഷയിൽ അനുസരിതി കൃതനിദാനം വ്യാഹസന്തോ പെട്ടെന്ന് അവരുടെ നേരെ മുഖത്ത് നോക്കും എന്നിട്ടോ വലിത പതനപത്നം പല്ലത് കാട്ടിച്ചിരിക്കും അപ്പൊ അവർ വിചാരിക്കപ്പോ അടുത്തേക്ക് വരാൻ പോവുകയാണ് എന്നിട്ട് പെട്ടെന്നൊരു പോക്ക് ദത്തദൃഷ്ടി ഇപ്രകാരം പൃഷ്ഠത ദൃഷ്ടി കാണിച്ചുകൊണ്ട് പോകുന്ന രൂപം കൗതുകം നവിതാതെ എന്ത് കൗതുകമാണ് തരാതിരുന്നത് അത്രയും കാണാനൊരു ആശ്ചര്യമായിരുന്നു ഗോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടതിരിപ്പാട് മനസ്സിലിങ്ങനെ വിചാരിക്കാണ് ഇത്രയൊന്നും ഭാഗവതത്തിലില്ല എനിക്ക് തോന്നുന്നു പട്ടതിരിപ്പാട് കുട്ടിയെ വളർത്തിയിട്ടുണ്ടാവണം ധൃതഗതിശപതന്തോ ഒത്തിതോലിപ്ത പങ്കോ ദിവിമുരിങ്കേ സസ്മിതം വന്ധ്യമാനോ ദ്രുതമതജനീഭ്യം സാനുകം ഗൃഹീത്തോ മുഹുരവിവരബ്ദോ ദ്രുതഗതിഷു പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പതന്തോ താഴേക്ക് വീഴും ലിപ്തപങ്കോ മേലെല്ലാം പൊടിയും ചളിയും ഒക്കെ ആ സമയത്ത് ി സസ്മിതം പങ്കമില്ലാത്ത മുനീശ്വരന്മാര് നിങ്ങളെ നോക്കിച്ചിരിക്കും ഉള്ളിൽ പങ്കമില്ലാത്ത നിങ്ങൾ താഴേക്ക് വീഴുന്ന സമയത്ത് ചളി വറ്റുന്ന സമയത്ത് ചളി വറ്റാത്ത നിങ്ങൾ ഉള്ളിൽ ചളിയില്ലാത്ത നിങ്ങളുടെ മേൽ ചളി പറ്റിയത് കാണുമ്പോൾ മുനീശ്വരന്മാര് കൈക്കൂപ്പിത്തൊഴും ആ സമയത്ത് ജനനീവ്യാദൃതം സാനുകമ്പം അമ്മമാരോടി വന്ന് രണ്ടുപേരെ എടുക്കും രോഹിണി വന്ന് രാമനെയും യശോധ കൃഷ്ണനെയും എടുത്തുകൊണ്ട് അഭീചുബിതോ രണ്ടുപേരെ മാറോട് ചേർത്ത് ചുംബിക്കുന്ന കാഴ്ച എന്ത് മനോഹരമാണ് കൃഷ്ണഭഗവാനെയും ചോദിക്കേണ്ട സ്നുതകുജരമംഗേ നാരയന്ദീഭവന്തം തരലമീയശോദന്യധന്യ കവടവശുപ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശനമുകുളഹൃദ്യം ഈശവത്തം ജഹർഷ അങ്ങനെ ആ അമ്മ കുട്ടിയെ കുളിപ്പിച്ചെല്ലാം തയ്യാറാക്കി ധന്യവിൽ ധന്യായിരിക്കുന്ന അമ്മ തന്റെ മാറോട് ചേർത്ത് ഉണ്ണിക്ക് സ്തുതകുജലഭാരം മാറിടത്തിൽ മുലപ്പാലുട്ടാനുള്ള ഒരു ഉത്സാഹത്തോടുകൂടിയിട്ട് അമ്മ കുട്ടിക്ക് സ്തുതകുജലഭരം മുലയെല്ലാം ഒട്ടി ധന്യതാമധ്യേ ആ സമയത്ത് മുഗ്ധഹാസാങ്കുരം ദശനമുഗളഹഹൃദ്യം ഭഗവാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചെറിയ പല്ലിങ്ങനെ കാണിച്ച് പെട്ടെന്നിങ്ങനെ നോക്കി ചിരിച്ചുകളി ആ ഒരു ഇത് കണ്ട് വക്ത്രം വീക്ഷ ഹർഷ അമ്മ അതെല്ലാം കണ്ട് വളരെയധികം ആനന്ദോത്കൃഷ നേടി എന്നിട്ടോ സദനചരണചാരീകേസാകേലൻ ബാലചാബല്യശാലി ഭവനസുഖവിലാലാൻ വത്സകാൻഷാനു കഥമവിഗൃതാസൈ കോപകൈ വാരി തരണചാരിത്വം പിന്നീട് മുട്ടുകുത്തൽ നിർത്തി അടുത്ത ബിസിനസ് എന്ന് പറയുന്നത് നടക്കലാണ് ആ നടക്കാൻ തുടങ്ങിയ സമയത്തോ ഓരോരോ വീട് കളിച്ചെല്ലും എന്നിട്ടോ ഗേലൻ കളിച്ചുകൊണ്ട് കുട്ടികളെപ്പോലെ കുട്ടികളുടെ കൂടെ ബാലജാവല്യീ ഒരു കുട്ടിയുടെ പോലെ കുട്ടിത്തും കൊണ്ട് കളിക്കുന്ന ഒരാളായി തീർന്ന് അവിടുന്ന് ഭവനശുഖവിലാനാൻവത്സകാൻ അവിടെയുള്ള പക്ഷികളുടെയും പശുക്കുട്ടികളുടെയും പിന്നാലെ ഓടുന്ന സമയത്ത് ഗോപന്മാരെല്ലാം അവിടുത്തെ തടഞ്ഞു നിർത്താൻ നോക്കിക്കൊണ്ട് അവിടുത്തെ ആ രൂപത്തെ നോക്കിക്കൊണ്ട് അലീലെ നോക്കിക്കൊണ്ട് മന്ദഹസിച്ചു അവരും പരമാനന്ദ നിർബന്ധരായി എന്നിട്ടോ ഹലതരസഹിതസ്ത്വം എത്രയത്രോവയാദോ വിവിജപതിത നേത്ര അത്രതത്രൈവ ഗോപ്യ വികളിതകരകൃത്യാ വിസ്മദാമത്യവൃത്യാ നിത്യമാസൻ ഏ ഗുരുവായൂരപ്പ അവിടുന്ന് സഹോദരനായ ഹലധരനുമായിട്ട് എത്രയെത്ര ഉപയാത ഏതെല്ലാം വീടുകളിൽ ഖയറിച്ചെന്നോ അവരെല്ലാം ഏവഗോപ്യ വിവചിത പതിനേത്ര അവരുടെ വീറ്റ് ജോലിയൊക്കെ നിർത്തിവെച്ച് ആ കൃഷ്ണനെയും രാമനെയും നോക്കിക്കൊണ്ടുതന്നെ അവര് അത്യന്താകുലകളായി വളരെ ആനന്ദമനുഭവിച്ചു എന്ന് പറയാനാണ് പ്രതി നവന നവനവനീതം ഗോവിഗാദത്തുപാൻ കോമളം കാൻ സതയോ തിലോകേ അർപ്പം സർപ്പിരസ്നൻ കവവിഗപ്പം ദുഃഖമപ്യമത്തും ഗോപികാദത്തം പ്രതിനവനീതം ഗോപികമാരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടു അപ്പൊ അവരാണെങ്കിലോ കുട്ടികളെ കളിപ്പിക്കല്ലോ ഒരു പാട്ടുപാടിയാൽ തരാം ഒരു ഡാൻസ് കളിച്ചാൽ തരാം അങ്ങനെയാണല്ലോ നമ്മൾ കുട്ടികളോട് പറയുക ഒരു ചിലപ്പോൾ സ്വപ്നങ്ങളും പറയാനല്ലേ ഒരു പാട്ടുപരേ സ്വക്ലിച്ച് തരാം ഇതുപോലെ ആ ഉണ്ണിക്കണ്ണനോട് അവര് കളപഥം ഉപകായൻ പാട്ടുപാടിയാൽ തരാം നൃത്യൻ കളിച്ചാൽ തരാം ഇപ്രകാരമൊക്കെ പറഞ്ഞ് അങ്ങനെ ഭഗവാന് എന്താണ് വെണ്ണയും കൊടുത്തു പിന്നീട് ദുഗ്ധവും പാലും വാങ്ങിച്ചു കഴിച്ചു അവരിൽ നിന്നൊക്കെ അങ്ങനെ ഇരിക്കെ ഭഗവാൻ നിശ്ചയിച്ചു എന്ന് ഭഗവാൻ പ്രതിജ്ഞയാണ് എന്താ പ്രതിജ്ഞ മമകലുബലേഹേജനം ഇഹ പുനരബലാനാം അഗ്രതോ നൈവുർവേ ഇതിവിഹിതമതി ദേവസന്ധ്യഞ്ഞ്ജയാജ്ഞാം ാതം പണ്ട് ഞാൻ വാമനാവതാരമെടുത്ത് ബലിയുടെ വീട്ടിൽ പോയിട്ട് മൂന്നടി മണ്ണി യാചിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങനെ ഒരു അബദ്ധം അന്ന് ചെയ്തു ഇനി യാചന എന്നുള്ള ബിസിനസ് ഇല്ല ഇനി ഞാൻ എന്ത് ചെയ്യാം അപലാനമഗ്രത ഇത് അപലകളായിരിക്കുന്ന ഗോപിയന്മാരുടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മതി മതി മതി ഇനിയോ തം യാജ്ഞാം സന്ധിച്ച യാചിക്കുന്ന സ്വഭാവം വിട്ടുകൊണ്ട് ചാരുണാ ചോരണേനാ സ്വയം തൊഴിൽ കണ്ടെത്തി ഭഗവാൻ എന്ത് കട്ടെടുക്കുക എന്നുള്ളൊരു ബിസിനസ് ഭഗവാൻ ഇനി യാചിക്കുന്ന പ്രശ്നമില്ല ചോദിക്കാതെ തന്നെ കട്ടെടുക്കാൻ നിശ്ചയിച്ചു എന്നിട്ടോ തവതമോഷേ കോഷയോഷാജന അപജഹൃതിരോഷോ ആവകാശം നശോക ഹൃദയമഭിമുഷിത് അർഷിന്ധോ നിദാസ്ത്വം സമമസമയരോഗാൻ വാദഗേഹാദിനാദ ഗതികൃത മോഷേ കോഷയോഷാജനാനാം ഗോപികമാരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീട്ടിലെ തൈരും അതുപോലെ തന്നെ വെണ്ണയും ഒക്കെ നെയ്യെല്ലാം എടുത്ത് കഴിച്ചപ്പോ ഹൃദിന രോഷ ആ ഗോപികമാരുടെ ഹൃദയത്തിൽ ദേഷ്യം വന്നില്ല ഭഗവാനോട് മറിച്ചവർക്ക് എന്തായി കൂടുതലൊരു സ്നേഹം കൂടുകയാണ് ചെയ്തത് ഇന്ന ശോക രോഷവും ഉണ്ടായില്ല ശോകവും നഷ്ടപ്പെട്ട ദുഃഖവും ഉണ്ടായില്ല അപ്രകാരം അവരുടെ ഹൃദയം അഭിമുഖിത്വ ഹർഷസന്ധോ അവരുടെ ഹൃദയം പോലും അപഹരിച്ച് ആനന്ദം കൊടുത്ത ഏ ഗുരുവായപ്പ എന്നെയും രോഗത്തിൽ നിന്ന് ഉയർത്തിയാലും എന്ന പട്ടതിരിപ്പാണ് പറയാണ് ഭഗവാന്റെ ബാലലീലകൾ ഈ ലീലയും നമുക്ക് ചിലതെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ ആധ്യാത്മിക ദൃഷ്ടിയിലൂടെതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാലനായിത്തീരണമെന്നാണ് നമ്മൾ ബാലനായിത്തീര എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ബാലന്റെ മനസ്സെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ബാലന്റെ മനസ്സിന്റെ വൃത്തിയേതെന്താണ് നിർമ്മലമാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം എപ്പോഴും സന്തോഷം സ്ഫുരിക്കുന്ന ശക്തിയുള്ള ഉത്സാഹവും സന്തോഷവും ശക്തിയുമുള്ള മനസ്സാണ് അവർക്ക് കുട്ടികൾക്കുള്ളത് ഇതുപോലൊരു മനസ്സ് നമ്മൾ കൊണ്ടു നടക്കണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ശരീരം കൊണ്ട് നിങ്ങൾ മെച്ചോടായിക്കോളൂ പക്ഷെ മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കുട്ടിയെപ്പോലെ ജീവിക്കൂ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും അപ്പൊ വേണം നമ്മൾ തൈരുകലം ഉടച്ചു കളയണം ഈ തൈരുകലെന്ന് പറയുന്നത് എന്താണ് കലമുടക്കിയെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഭഗവാൻ കലമുടച്ചുകൊണ്ട് വെണ്ണയും അതുപോലെ തന്നെ തൈരമെടുത്തു പാലുമെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം നാം നമ്മുടെ മനസ്സിന്റെ ശാന്തിയും സമാധാനവും സ്വത്തതയും കളയുന്നത് പലതിന്റെയും പൊസസീവ്നസ് ആണ് ഇന്ന് നമുക്ക് പലതും പൊസസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാം എന്റെ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ട് ഈ എന്റെ എന്ന് പറയുന്നതെല്ലാം നാളെ ഉടഞ്ഞു പോകുന്ന കലങ്ങളാണ് എന്നുള്ള ഓർമ്മ വേണം ഇന്ന് നാം കൊണ്ടു ബന്ധങ്ങളും ഇന്ന് നാം കൊണ്ടു സാധനങ്ങളും ഒരു ദിവസം ഉടഞ്ഞു പോകുന്ന പറഞ്ഞാൽ എന്താർത്ഥം നമ്മുടെ കൂടെ വരാത്തതാണ് നഷ്ടപ്പെടുന്നതാണ് അതിൽ വലിയൊരു സമ്പത്തുണ്ട് അതാണ് നവനീതമായിരിക്കുന്ന പെണ്ണയും അതുപോലെ തൈരുമെല്ലാം ഇത് മറ്റൊന്നുമല്ല കലങ്ങൾ നഷ്ടപ്പെട്ടാലും അതിന്റെ ഉള്ളിലുള്ള ഒരു നല്ലൊരു മനസ്സുണ്ട് നമുക്ക് അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ആ മനസ്സ് നമുക്ക് കൈവരിക്കണം ഇത് നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചു കഴിഞ്ഞാണല്ലോ പലപ്പോഴും നമുക്ക് കാണാം ജീവിതത്തിൽ നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ സ്നേഹബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ തെറ്റിനെ നിങ്ങൾ ക്ഷമിക്കും ഉദാഹരണത്തിൽ നിങ്ങൾ കുട്ടികൾ വല്ല തെറ്റും ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കൂ അവർ വലിയൊരു അപരാധം ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കില്ലേ എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് സ്നേഹത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ തെറ്റിനെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും ഇതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ശാന്തിക്ക് പ്രാധാന്യം കൊടുത്താൽ നമുക്ക് പലതും ക്ഷമിച്ചു കളയാൻ പറ്റും കാരണം നാം മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ അത് നശിപ്പിക്കുന്നത് നമ്മുടെ പീസ് ഓഫ് മൈൻഡായിരിക്കും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കൂ നാം വേണ്ടാത്ത ഓരോ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാള് അവര് മകളുടെ കല്യാണം അവരിടയ്ക്ക് നിങ്ങളോട് ഇടയ്ക്കൊരു അലോഗ്യം വന്നു വിചാരിക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു അവര് നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുവരെ കല്യാണം ക്ഷണിച്ചു പോയി നിങ്ങളുടെ വീട്ടിൽ വന്നില്ല അതുപോലെ മനസ്സമാധാനം തകർക്ക വരെ അതിങ്ങനെ ഇരുന്ന് ആലോചിക്കാം എന്താ ഓരോ വെറുതെ ഇരുന്ന് ചിന്തിക്കുക വേറെ അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് രണ്ട് സ്ത്രീകൾ ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടായിരുന്നു അവരുടെ ലോക്കൽ ന്യൂസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അമ്പലത്തിൽ നിന്നാണ് ഒരു പി ടി അവിടെയാണ് അപ്പോ മാധവി അങ്ങോട്ട് പോവും ശാരദ ഇങ്ങോട്ട് വരും എങ്ങോട്ട് അമ്പലത്തിൽ പോവും ശാരദ ഇറങ്ങി വരും ഇങ്ങനെ മാധവിയും ശാരദയും വഴിയിൽ വെച്ച് കുടുംബകാര്യങ്ങളും തലസ്ഥാന കാര്യങ്ങളും ഇന്റർനാഷണൽ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് അവർ ഒരു ദിവസം മാധവി അറിഞ്ഞു ഈ ശാരദയ്ക്ക് മാധവിയുടെ ശത്രുവിനോട് ബന്ധുത്വമുണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞു ഒരു തന്റെ ശത്രുവിന്റെ റിലേറ്റീവാണ് ശാരദ അതറിഞ്ഞ പിറ്റേ ദിവസം ഇവർ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട് എന്തായിരിക്കും അവൾ വിചാരിക്കുക എന്തൊക്കെ ഇനി കൊല്ലം തുറന്നു പറയൂ കാര്യങ്ങൾ കാരണം എന്റെ ശത്രുവാണ് ഇവളുടെ ബന്ധു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വിചാരിച്ച അന്ന് അമ്പലത്തിൽ പോകുമ്പോ ശാരദിട്ടിയില്ല ശാരദ വരുന്നത് മുഖത്ത് നോക്കാത്തൊരു പോക്ക് അന്ന് അമ്പലത്തിൽ തൊഴുതൊന്നും നേരില്ല കണ്ടവരൊക്കെ ചീത്ത വിളിക്കാനോ തോന്നുന്നത് ദേഷ്യ ആരോടാ തീർക്കണത് ശാരദയോടെ മാധവി തൊഴുത് വീട്ടിൽ എങ്ങനെയൊക്കെയോ തൊഴുതെത്തി ദൈവത്തിനെയും തൊണ്ട ആവശ്യമില്ല തൊഴുമ്പ പ്രാർത്ഥിച്ചു ചിലതൊക്കെ കൊടുക്കണേ ഭഗവാനേന്ന് പണ്ട് പ്രാർത്ഥിച്ചത് മാധവിക്കും കൂടെ നന്മ കൊടുക്കണമെന്നാണ് പ്രാർത്ഥിച്ചത് ഇന്നിപ്പം മാധവിക്ക് കൊടുക്കണം വീട്ടിലെത്തി അന്ന് ഇഡ്ലി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ സാമ്പാറിൽ ഉപ്പ് കുറവായിരുന്നു ഭർത്താവ് പറഞ്ഞു കുറച്ചുകൂടി കുപ്പിട്ടൂടായിരുന്നു ഉപ്പല്ല തലരച്ച് ഇറക്കാമെന്നാണ് ആ മാധവിയോടുള്ള ദേഷ്യം അങ്ങനെ ആ ദിവസം മുഴുവൻ മൂഡോഫും പിറ്റേ അമ്പലത്തിൽ പോകുമ്പോൾ പ്രൊജക്ട് ചെയ്തു ഇനി ആസത്തിനെ കാണുന്ന പ്രശ്നമല്ലേ സമയമൊക്കെ മാറ്റി നോക്കി ഇനി അവളത്ത് കാണുന്ന പ്രശ്നമല്ല എന്തോ ഭാഗ്യത്തിന് അന്ന് മാധവിയെ അമ്പലത്തിലിതിയാണ് സമാധാനം ഇനി അവള് വരും എന്തായാലും എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറ്റവള് പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ അതായിരിക്കും മനസ്സിൽ വെച്ചിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുമ്പോ അമ്പലത്തിലേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്തുണ്ട് മാധവി ഇറങ്ങിവരും ആകെ പ്രശ്നമായി ഇനിയിപ്പോ മാധവി കണ്ടാൽ എന്താ ചെയ്യുക ചിരിക്കുമോ അതോ മുഖം വീർപ്പിച്ചു പോവോ അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ ആകെ കൺഫ്യൂഷൻ എന്തായാലും മാധവി ഇറങ്ങി വരിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സോറി ശാരത്തെ ഞാൻ വിനിയാമുണ്ടാതിരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല്യവേദന കാരണം വായ വരുത്തിയിരിക്കുന്നു ഇന്നലെ ഡോക്ടറെടുത്തുപോയി രണ്ടെണ്ണം പിഴുതെടുത്തു എന്തൊരു സമാധാനം ഇതാണ് മനുഷ്യൻ മനസ്സ് അനാവശ്യമായി ചിന്തിച്ച് മനസ്സിന്റെ ശാന്തി കളയുക അപ്പൊ നമുക്ക് ഏറ്റവും വലുത് ഏതായിരിക്കണം നമ്മുടെ മനസ്സിന്റെ ബാക്കിയെല്ലാം സെക്കൻഡറിയാണ് ഇത് നിങ്ങൾ അഭ്യസിച്ചെടുത്താലോ ഈ ലോകം വീണൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ പരിഭ്രമിക്കില്ല നമ്മൾ ജീവിതത്തെ സഹിക്കുകയാണ് പലരും കഷ്ടപ്പെടുകയാണ് പലരും അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ സംസ്കാരം വേണ്ട വിധത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവാനൊക്കെ സെക്കൻഡറിയാണ് എന്നെ സംബന്ധിച്ച് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ കൊണ്ടുനടക്കുക ആ മനസ്സിനെ നിങ്ങൾ ആരിലേക്ക് എത്തിക്കുക ഈശ്വരലേക്ക് എത്തിക്കുക അതെത്തിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ പോവാം അമ്പലത്തിൽ പോവാം അതിലപ്പുറം ഒന്നും സ്ഥാനം ഇല്ല എപ്പോഴും കാരണം ഇതം ശരീരം കൗതേയ ക്ഷേത്രം അവസാനം നമ്മളെ സംബന്ധിച്ച ക്ഷേത്രം ഏത് തന്നെയാണ് ശരീരമാണ് അമ്പലമല്ല ക്ഷേത്രം അത് തൽക്കാലത്തേക്ക് നമുക്ക് വെച്ചിരിക്കുന്നതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നമ്മൾ കളയാൻ സമ്മതിക്കരുത് അപ്പൊ ഈ ലോകം മുഴുവൻ നമ്മുടെ മുന്നിൽ കുടങ്ങളായിരിക്കണം ആ കുടം എന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടത് നവനീതമാണ് ഒരിക്കലും നശിക്കാത്ത ഒരു മനസ്സാണ് അത് നമ്മൾ കൊണ്ടുനടന്നാൽ ഏതനുഭവത്തിലും നമുക്ക് തളരാതെ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെ നമ്മളും ചോരന്മാരായിത്തീരണം എന്താ ചോരനായിത്തീരാ പറഞ്ഞാൽ ഇവിടെ ചോരൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ചലിക്കേണ്ടത് നമ്മൾ കവർന്നെടുക്കേണ്ടത് നമ്മുടെ മനസ്സിന്റെ ശാന്തിയാണ് അത് നമ്മൾ നഷ്ടപ്പെടാൻ ലോകത്തിലെ നഷ്ടപ്പെടുത്താൻ ലോകത്തിലെ അനുവദിക്കരുത് മനസ്സിലാവുന്നുണ്ടല്ലോ കൃഷ്ണൻ വെണ്ണയെടുക്കുന്നത് പോലെ നാം നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധി കൊണ്ട് പിടിച്ചിരിക്കണം അങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും നമ്മുടെ കൂടെ ശാന്തിയും സമാധാനവും കൂടെയുണ്ട് നിങ്ങൾക്ക് എവിടെയും പോകേണ്ടി വരില്ല നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ ശാന്തി കുട്ടികളില്ലെങ്കിൽ ശാന്തി വീട്ടുകാരന്വേഷിച്ചാലും ശാന്തി അന്വേഷിച്ചില്ലെങ്കിൽ ശാന്തി കാരണം വയസ്സാകുന്തോറും മറ്റുള്ളവർ നമ്മളെ അറ്റൻഡ് ചെയ്യുന്നത് കുറയും മനസ്സിലായില്ലേ സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കുന്നത് കൂടും പ്രായം കൂടുന്തോറും വന്നു എന്ന് തന്നെ ആവശ്യമില്ല കഴിച്ചു എന്ന് പോലും അറിയുന്ന ആവശ്യമില്ല അങ്ങനെയായിരിക്കും മനസ്സ് ജീവിതം എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊക്കെ അറ്റൻഡൻസ് ഇല്ലാത്തവരായി തീരും കുറ കഴിഞ്ഞാൽ റോൾ ഒന്ന് ഔട്ടായിപ്പോ ആരൊക്കെ നമ്മൾ ഔട്ടാക്കിയാലും നമ്മളും നമ്മൾ ഔട്ടാക്കരുത് അതാണ് ഭഗവാൻ പറയുന്നത് ഉദ്ധരേത് ആത്മന ആത്മാന ഇപ്രകാരം ഈ ലീലകളെ നിങ്ങൾ കാണണം ഇനി അടുത്തതാണ് ഭഗവാൻ അമ്മയ്ക്ക് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന ലീലകളൊക്കെ നാൽപ്പത്തി ആറാമത്തെ ദശകം ഐദേവ പുരാകില യമുശനന്ത പരിജൃംബണോ വ്യവൃത്തെ വദനവിശമദീ ഉതന്ത് അമ്മയുടെ മടിയിൽ കടന്ന് ഭഗവാൻ സ്ഥലം കുടിക്കാൻ തുടങ്ങി അങ്ങനെ സ്ഥലം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിതൃംഭേ പെട്ടെന്ന് ഭഗവാൻ ഉറക്കം വന്ന പോലെ ജൃംഭണം ചെയ്യാറോട്ടുവായ വായ ഇടപിടിച്ചു അപ്പൊ അമ്മ കാണുന്നതോ വതനേ ആ പല്ലൊക്കെയല്ലേ കാണേണ്ടത് പക്ഷേ അമ്മ കാണുന്നത് വിശ്വം അചഷ്ട ഈ പ്രപഞ്ചത്തെ തന്നെ എവിടെ കണ്ടു ലോകം തന്നെ ആ കുട്ടിയുടെ വായിൽ കണ്ടു എന്നിട്ടോ പുനരപ്യത ബാലകൈ സമം തൊയ്ലീലാതിരധേജൽപ്പലസഞ്ജയവഞ്ചന കൃത ഹവമോജനമൂലജ െ ഒരിക്കൽ അവിടുന്ന് ബാലകീ സമം ലീലാനിരത ബാലന്മാരോടൊത്ത് ലീല ചെയ്തുകൊണ്ടിരിക്കുമ്പോ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഫല സഞ്ചരവഞ്ചയെ കുറച്ച് പഴം എവിടുന്ന് കിട്ടി അത് പങ്കുവെക്കേണ്ടതായിരുന്നു ഭഗവാൻ അപ്പൊ ബാലന്മാർക്ക് പങ്കുവയ്ക്കാതെ വന്നപ്പോ അവരെന്ത് ചെയ്തു കൃത അവർക്ക് ദേഷ്യം വന്നു അവര് പറഞ്ഞു മൃഗോധനം അവിടുന്ന് മണ്ണ് കഴിച്ചു എന്ന് യശോദാദേവിയോട് വന്ന് പരാതി പറഞ്ഞു എന്നിട്ടോ പ്രളയാവതോ വിഭോ ചിതിപ്പോയാതി സമസ്തപക്ഷിണ മൃദുവാസനതോരുജി ബീരാജനീക്ഷുക്കോസ പ്രളയാവോ ചിതിപ്പോയാതി സമസ്ത പക്ഷിണ പ്രളയ സമയത്ത് അനന്തശായിയായിരിക്കും അവിടുന്ന് എല്ലാ ഭൂമിയും മണ്ണും കഴിക്കുന്ന അങ്ങക്ക് അല്പം മണ്ണ് കഴിച്ചാൽ രോഗം വരുമോ എന്ന് വിചാരിച്ച് മൃതഭാഷനതോ രുചാപവ വേത് മണ്ണ് കഴിച്ചാൽ രോഗം വരുമോ എന്ന് വിചാരിച്ച് ബീതാചനനി പേടിച്ച അമ്മ ചുഗോപ കോപിച്ചു അമ്മ അമ്മ പറയാണ് കുട്ടിയോട് ഐ ദുർവിനയാത്മകത്വത്സവ മാതൃകിരം ചിരം വിഭോ ഫിതം പ്രതിജ്ഞേഹസൻ ദുർവിനയാത്മക ഏ വികൃതിക്കുട്ടി നീ എന്താ മൃത്സാഖ്യം പക്ഷിക നീ മണ്ണ്ണ കഴിച്ചു എന്നിങ്ങനെ അമ്മ ദേഷ്യം കൊന്നുകൊണ്ട് ചോദിച്ചു ഇപ്രകാരം മാതൃകിലും കേട്ടപ്പോ ഹസൻ ഒന്ന് ചിരിച്ചു അമ്മയുടെ മുഖം നോക്കിയിട്ട് എന്നിട്ട് ഇപ്രകാരം അമ്മയോട് പറയാണ് പത്മ നിത അമ്മയെ ആരെങ്കിലും മണ്ണ് കഴിക്കോ മണ്ണ് കഴിക്കാനുള്ളതാണോ ഇവരൊക്കെ നോണം പറയണമേ അസത്യം പറയുകയാണ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോ സകലേയും വിനസ്ഥിതയും എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട് ബലരാമനും പറയുന്നുണ്ടല്ലോ നീ കഴിച്ചു എന്ന് വദനം വിതാരിത എനിക്ക് പ്രസംഗമൊന്നും കേൾക്കണ്ട എനിക്ക് നിന്റെ മുഖം വായൊളിച്ചു കാണിച്ചു എന്നാൽ മതി അമ്മ ഉറപ്പിച്ച് പറഞ്ഞപ്പോ മധുരം മാതൃ വിപൽ സ്ഥിത മണ്ണ് കാണിച്ചു കൊടുക്കാതെ എത്ര മണ്ണ് കാണണം അമ്മയ്ക്ക് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വികസൽ പത്മനിഭം വിതാറിയ തന്റെ മുഖം അങ്ങോട്ട് വായ പൊളിച്ച് വലുതാക്കിയങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്താ അമ്മ കാണുന്നത് അവിമുൽവദർശനോത്സവം ജനനി താമ്പുതർപ്പയെന്നിവ പ്രതിവി നിഖിലെന്ന കേവലം ഭുവനാന്യ പിഖിലാന്യീദൃജ അമ്മയ്ക്ക് അല്പം മണ്ണല്ലേ കാണേണ്ടത് അത് അമ്മയ്ക്ക് ശരിക്കും അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം എന്നങ്ങൾ കാണിച്ചു കൊടുക്കണോ ജനനിയും അങ്ങോട്ട് ജനയിലേക്ക് വായ പൊളിച്ചു കാണിച്ചു അമ്മ കാണുന്നത് അല്പം മണ്ണല്ല കാണുന്നത് പിന്നെയോ നിഖിലം പൃഥിവിയും ഭൂമിയെ തന്നെ ഇതിനെ കാണാൻ തുടങ്ങി അഖിലാനി ഭുവനാനി ഈ പ്രപഞ്ചം മുഴുവൻ ആ ഉണ്ണിയുടെ ചെറിയ വായയിൽ തിരിയുന്ന ഭൂമിയും തിരിയുന്ന നക്ഷത്രങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനും ഇതെല്ലാം കാണാൻ തുടങ്ങി അവിടെയും കൂടെ നിന്നില്ല കുഹജിൽ വധന കുഹജിൽ വനമം ബുതി കൊജിൽ കൊജിതപ്രം കുഹിൽ സാധനം വനുജനുജ കൊതിൽ സുരശേക്കും തദദാ ത്വദാനേ ൊരി വനം ഒരിടത്ത് കാട് കാണുന്നുണ്ട് ഒരിടത്ത് അമ്പുതി സമുദ്രത്തെ കാണുന്നത് അഭ്രം ആകാശത്തെ കാണുന്നുണ്ട് രസാതലം പിന്നീട് മനുജ മനുഷ്യരെ കാണുന്നു ധനുജ അസുരന്മാരെ കാണുന്നു സുര ദേവന്മാരെ എന്താ കാണാത്തത് അമ്മ അന്തം നോക്കി നിൽക്കുന്നുണ്ട് കണ്ടിട്ട് പേടി ഇതെല്ലാം ഇങ്ങനെ വായിൽ കാണുന്നു വീണ്ടും കലശാമ്പുദിശായിനം പുണ പരവൈകൊണ്ട പദാതിവാസിനം ത്മകം കംശ്േ പിന്നെ കാണുന്നത് കലശാമ്പുശായിനം പാലാഴിയിൽ പള്ളികൊള്ളുന്ന അനന്തരൂപത്തിന്റെ മുകളിൽ കിടക്കുന്ന ആദിനാരായണ രൂപത്തെ കണ്ട് അമ്മ അത്ഭുതപ്പെട്ടു തന്റെ മുന്നിൽ നിൽക്കുന്ന പുത്രനെ പുത്രനിലാണ് കാണും പിന്നെ കാണുന്നു നിജാർബകാത്മകം പുത്രനെയും കാണുന്നു ഇതെല്ലാം കണ്ട് അമ്മ പരവശപ്പെട്ടു ഈശ്വര എന്തായി കാണുന്നത് ഇതെല്ലാം കണ്ട് വികസൽ ഭുവനേ മുഖോദരേ ഭൂയോതാ വിധാനുടനീക്ഷിതോ ഭവാൻ ാം ജഗതാം അമ്മയുടെ മുന്നിൽ വായ പിളിച്ചു നിൽക്കുന്ന ഭഗവാന്റെ വായിൽ ലോകങ്ങളൊക്കെ വികസൽഭൂവനെ മുഖോദരെ ഓരോന്ന് കണ്ടു പിന്നീട് കാണുന്നത് ഈക്ഷിത ഭവാൻ ജഗതാം അനവസ്ഥാം ഈ പ്രപഞ്ചത്തിന്റെ അനന്തതയും അനവസ്ഥയും കാണിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ് എന്നുള്ളത് എവിടുന്ന് തുടങ്ങുന്നു എവിടുന്ന് അവസാനിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല ദ്രതത് ജനനിം ത്ണയേനമോഹൻപാസജൻ ഭഗവന്നത് ബുധപാലം ഒരു നിമിഷം നേരത്തേക്ക് ഗർഗാചാര്യൻ പറഞ്ഞത് അമ്മയുടെ തലയിലൂടെ കടന്നു ഈ ഉണ്ണി സാധാരണ ഉണ്ണിയല്ല എന്തോ ചിലത് പിടികിട്ടാൻ പോകുന്നു എന്ന് കണ്ടതും ജനനിയും ദൃതതത്വതയാം അമ്മയ്ക്ക് തത്വം മനസ്സിലാവണമെന്ന് കണ്ടതും ഉടനെ ഭഗവാൻ വായടച്ചുകൊണ്ട് ബാലരൂപത്തിൽ ശിശുരൂപത്തിൽ നിന്നുകൊണ്ട് സ്ഥാനമേ അമ്മ പാല് തന്നാലും എന്ന് കൊഞ്ചിക്കൊണ്ട് ചോദിച്ചതും അമ്മ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി ഇപ്രകാരം അത്ഭുതം കാണിച്ച ഗുരുവായപ്പ അത്ഭുതപാലിമം ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും എന്ന് പറയാം ഈ ഒരു ലീലയുണ്ടല്ലോ ഇത് ഉപനിഷത്തിന്റെ ഒരു തത്വം വെളിപ്പെടുത്തുകയാണ് കാണുന്ന ലോകം നാം കണ്ടുകൊണ്ട് കാണുന്ന ലോകം നമ്മൾ പലപ്പോഴും അതിനെ മനസ്സിലാക്കുന്നില്ല ഈ കാണുന്നത് നമ്മൾ കണ്ണിലൂടെയാണ് അല്ലേ കണ്ണിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് മൂന്ന് ശക്തികളാണ് മൂന്ന് ശക്തികളാണ് കണ്ണിലൂടെ കാണിച്ചു തരുന്നത് ഏതൊക്കെയാണ് ഇത്ര ഈ ശക്തികൾ ഒന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് നമുക്ക് മാംസമായിരിക്കുന്ന ഒരു കണ്ണ് വേണം ഒരു സ്ഥൂലമായ ഒരു ഉപകരണം വേണം സ്ഥൂലമായ ഉപകരണത്തിലൂടെ ഏത് കാണാൻ പറ്റുള്ളൂ ഈ ലോകത്തെ നമുക്ക് കാണാം കാണാൻ പറ്റുള്ളൂ നിങ്ങളുടെ കണ്ണിൽ മറ്റു രണ്ട് ശക്തികളെ ഉണ്ട് നിങ്ങളുടെ കണ്ണിൽ മനസ്സിന്റെ ഒരു സാന്നിധ്യമുണ്ട് മനസ്സിന്റെ സാന്നിധ്യം നിങ്ങളുടെ കണ്ണിലില്ലെങ്കിൽ യു കനോട്ട് സീ ദ തിങ്സ് മനസ്സിലാവുന്നുണ്ടോ ഇല്ല ഉറക്കത്തിൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങളുടെ മുന്നിൽ ഒരാൾ നിന്നാൽ നിങ്ങൾ കാണോ എന്തുകൊണ്ടില്ല മനസ്സിന്റെ പ്രസൻസ് എവിടെ ഇല്ല കണ്ണിനി അപ്പോൾ ഒരു കാഴ്ച കാണാൻ കണ്ണ് വേണം അതിൽ മനസ്സ് വേണം ഇനി മനസ്സും മാത്രമുണ്ടായാൽ പോരാ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണ് തുറന്നാലും അയാൾ കാണുന്നില്ല അതിൽ ചൈതന്യം വേണം അപ്പൊ ചൈതന്യവും മനസ്സും കണ്ണും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് വ്യക്തമാണല്ലോ അത് യാതൊരു സംശയവും ഇല്ല കാഴ്ച തുടങ്ങുന്നത് ഉള്ളിലുള്ളൊരു ചൈതന്യമുള്ളതുകൊണ്ടാണ് നിങ്ങളിൽ ഒരു ഭഗവത് ചൈതന്യമില്ലെങ്കിൽ യു കനോട്ട് സീ എനിത്തിങ് ഇനി നമുക്ക് ഈ കണ്ണില്ലെങ്കിലും കാണാം നിങ്ങൾക്ക് സ്ഥൂല കണ്ണില്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും കാഴ്ച കണ്ടിട്ടുണ്ടോ എവിടെ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ കാണുന്നുണ്ട് അല്ലേ സ്ഥൂലമായ കണ്ണ് വേണമെന്നില്ല നിങ്ങൾ ഓരോന്നും വേർതിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് കണ്ണട ധരിക്കാറുണ്ടോ സ്വപ്നം ഒന്ന് വ്യക്തമായി കാണാനോ എനിക്ക് കേട്രാക്കിന്റെ പ്രശ്നമുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് കണ്ണടയുടെ ആവശ്യമില്ല സ്വപ്നം കാണാൻ എന്തോ നിങ്ങൾക്ക് ഉള്ളിൽ ലൈറ്റ് അടിച്ചു നോക്കണോ സ്വപ്ന സ്ഥിതിയാണെന്ന് നിങ്ങളൊരു സദ്യയ്ക്ക് പോകുന്നത് സ്വപ്നം കാണണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമോ സാമ്പാറും പായസവും തമ്മില് ഇല്ല ഓ ഇത് സ്വപ്നമായതുകൊണ്ട് കൺഫ്യൂഷനാണ് കാഴ്ച പായസം എടുത്തിട്ട് സാമ്പാറിന്റെ പകരം കൂട്ടൂ ഇല്ല നിങ്ങൾക്ക് വ്യക്തമാണ് സാമ്പാർ സാമ്പാറാണ് പായസം പായസമാണ് നിങ്ങൾ ഒരിക്കലും മിക്സഡ് ആക്കില്ല ഈ സ്ഥൂല കണ്ണില്ലെങ്കിലും ഉള്ളിൽ ചൈതന്യവും മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കാണുന്നത് ഉള്ളിലിരുന്നുകൊണ്ടാണ് കാഴ്ച പുറത്താണ് കാണിച്ചു തരുന്നവൻ ഉള്ളിലും കാഴ്ച പുറത്തുമാണ് അപ്പൊ എവിടെ ഈ കാഴ്ച ഇരിക്കുന്നത് കാണുന്നവൻ ഉള്ളിലും കാഴ്ച പുറത്തു ഈ കാഴ്ച എവിടെ ഇരിക്കുന്നത് ഉള്ളിൽ തന്നെയാണ് ഉള്ളിൽ കാണാൻ ഒരാളില്ലെങ്കിൽ ഈ രോഗം ഇല്ല പക്ഷെ ഇന്ന് നമ്മൾ കാഴ്ച കാണുന്നത് ആര് കാണുന്നില്ല കാണിച്ചു തരുന്നവനെ കാണുന്നില്ല അവിടെയാണ് നമുക്ക് ഈശ്വരനെ നഷ്ടപ്പെടുന്നത് പറയാം ഈശ്വരൻ എല്ലാം കാണിച്ചു തരുന്നവനാണ് അതുകൊണ്ടാണ് ഗോപികമാര് പറയുന്നത്പിക നന്ദനോഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ അഖിലദേഹിനാം അന്തരാത്മദൃ എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് കാണുന്നവനാണ് ഗുരുവായൂരപ്പൻ കാണപ്പെടുന്നവനല്ല ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിലിരുന്ന് കാണിച്ച് തരുന്നവനാണ് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴാ ഗുരുവായൂരപ്പൻ ഇല്ലാത്തത് എപ്പോഴാ ഗുരുവായൂരപ്പൻ ഇല്ലാത്തത് അപ്പൊ നമ്മൾ പക്ഷേ അത് മനസ്സിലാക്കി ജീവിക്കുന്നില്ലല്ലോ അതല്ലേ ദുഃഖങ്ങളും വിഷമങ്ങളും ഇന്ന് നാം കുടുങ്ങിയിരിക്കുന്നത് കാഴ്ചകളിലാണ് ഇനി നമ്മളെങ്ങോട്ട് ഉയരണം കാഴ്ചകളിൽ നിന്നും കാണിച്ച് തരുന്നവരിലേക്ക് ഈ പ്രപഞ്ചം അങ്ങനെയാണ് ഒരു സ്ക്രീൻ ഇല്ലെങ്കിൽ ഫിലിം ഓടാൻ പറ്റില്ല ഉണ്ടോ സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു സ്ക്രീൻ വേണം ഇതുപോലെ നമുക്ക് ഉള്ളിലൊരു ചൈതന്യമുണ്ടെങ്കിലേ ഭഗവത് സാന്നിധ്യമുണ്ടെങ്കിലേ ഈ ലോക നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യണം എന്ത് കാഴ്ചയും വേണം ണിച്ച് തരുന്നവരും നിങ്ങൾ കണ്ണു തുറക്കുമ്പോ കാഴ്ച കാണണം കണ്ണടയ്ക്കുമ്പോ ആരെ കാണണം ഭഗവാനെ കാണണം കണ്ണടച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക അപ്പൊ ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം വെറുതെ കണ്ണടച്ചിരിക്കില്ല ഞാൻ ധ്യാനിക്കേണ്ട ബുദ്ധൻ ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ ഒരിക്കൽ ശ്രീബുദ്ധന്റെ അടുത്ത് ഒരു ആള് വന്നിട്ട് പറഞ്ഞു എനിക്ക് ധ്യാനം അഭ്യസിക്കണം ഓ ബുദ്ധൻ വല്ലതും പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇയാള് കണ്ണാടിച്ചിരിക്കാൻ തുടങ്ങി അപ്പൊ ബുദ്ധൻ ചോദിച്ചു കണ്ണ് തുറന്നപ്പം എന്താ ചെയ്യുന്നത് ഏ ഒന്നും ചെയ്യ വ്രത ഇങ്ങനെ കണ്ണാടിച്ചിരിക്കുക ബുദ്ധൻ എന്ത് ചെയ്തു ഒരു മണ്ണിന്റെ കട്ടടുത്തുകൊണ്ട് ഒന്ന് കല്ലിനൊരയ്ക്കാൻ തുടങ്ങി അപ്പൊ ബുദ്ധനോട് ചോദിച്ചു ഗുരു അവിടെ എന്താ ചെയ്യുന്നത് അപ്പൊ ഗുരു പറഞ്ഞു ഞാൻ ഇതിനെ കണ്ണാടിയാക്കി നോക്കുക കണ്ണാടിയാക്കാൻ നോക്കുകയാണ് ഏതിനെ ഒരു മൺകട്ടെ ശിക്ഷൻ മൺകട്ടെ കണ്ണാടി അവടനെ ബുദ്ധം പറഞ്ഞു കണ്ണടച്ചിട്ട് നിനക്ക് ഈശ്വരനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ വെറുതെ കണ്ണടച്ചിട്ട് നിൽക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഈ മൺകട്ടയും കണ്ണാടി അപ്പൊ വെറുതെ കണ്ണടച്ചതുകൊണ്ട് കാര്യമില്ല നാം കണ്ണടക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാഴ്ചകൾ കാണിച്ചു അതിനെ കാണാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ് അതിലേക്ക് മനസ്സിനെ ഉയർത്തുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് ഇതെല്ലാം എവിടുന്നാണ് തുടങ്ങുന്നത് എവിടുന്നാണിതെല്ലാം ആരംഭിക്കുന്നത് ഇതാരംഭിക്കുന്നത് ഉള്ളിലിരിക്കുന്നൊരു തേജസ്സിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ തേജസ്സിനെ കാണാൻ ആ തേജസ്സിനെ അനുഭവിക്കാൻ ആരെ പ്രാപ്തമാക്കണം മനസ്സിനെ പ്രാപ്തമാക്കണം അപ്പൊ നമ്മുടെ മനസ്സിന് ലോക കാഴ്ചയും കാണാം കാണിച്ചു തരുന്നവനെയും അപ്പൊ നിങ്ങൾക്ക് ഈശ്വരനെയും കിട്ടി ലോകത്തെയും കിട്ടി ഈശ്വരനെ കിട്ടിയാൽ നഷ്ടമില്ല ലോകം നേരത്തെ പറഞ്ഞല്ലോ ഉടയുന്ന കലമാണ് അത് പോയാൽ നമുക്ക് ദുഃഖവുമില്ല ഈ രീതിയിൽ ജീവിച്ചവരായിരുന്നു ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ഇന്നത്തെ സമൂഹമുണ്ടല്ലോ അവരെ മനസ്സിലാക്കണം എല്ലാ സമ്പൽ നഷ്ടപ്പെട്ടാലും പദാത്മ ജീവിതം ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾ സ്വന്തം കുലം തമ്മിൽ തല്ലിയിട്ടും മക്കൾ തമ്മിൽ തല്ലിക്കൊന്നിട്ടും ഭഗവാൻ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടില്ല പതരാത്തൊരു ജീവിതം പുഞ്ചിരിക്കുന്ന ജീവിതം തന്റെ കാലിൽ അമ്പ ചെയ്യുമ്പോഴും തളരാത്തൊരു വ്യക്തിത്വം ഇത് നമുക്കെന്ന് നേടിയെടുക്കണമെങ്കിൽ ഏതിലേക്ക് ഉയരണം നമ്മുടെ ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് തന്നെ ഉയരണം വേറെ വേറെ വഴികളില്ല നിങ്ങൾ ബാഹ്യമായ സെക്യൂരിറ്റിയിൽ ജീവിച്ചാലും കുട്ടികളുടെ കൂടെ ജീവിച്ചാലും പണത്തിന്റെ കൂടെ ജീവിച്ചാലും ഇതൊക്കെ നിങ്ങൾ മെന്റലി ഡിസ്റ്റേർബ് ചെയ്യും പക്ഷേ ഉള്ളിലുള്ള പ്രകാശം ഒരിക്കലും പോകും അതുകൊണ്ട് അതിനെ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായ ഭഗവാൻ വായ പൊളിച്ച് ലോകം കാണിച്ച കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭഗവാൻ എന്ന് പറയുന്ന കാഴ്ചക്കാരനിലാണ് ലോകമെന്ന കാഴ്ചയിരിക്കുന്നത് കാഴ്ചക്കാരനില്ലെങ്കിൽ കാഴ്ചയില്ല ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൃഷ്ടാവില്ലാതെ ദൃശ്യമില്ല അപ്പൊ ദൃശ്യമിരിക്കുന്നത് സീയർ ഇല്ലാതെ സീനില്ല നമ്മൾ കാണുന്ന സീനുകൾക്കൊക്കെ ആര് വേണം പിന്നില് കാണുന്നവൻ കാണണം മനസ്സിലായില്ലേ ദ്രഷ്ടാവ് വേണം കാഴ്ചക്കാരൻ വേണം അപ്പൊ ഈ പ്രസീവർ എന്ന് പറയും ഒബ്സേർവർ എന്ന് പറയും പണ്ട് ഹു ഒബ്സേർവ് ആ ഒബ്സേർവർ ഇല്ലെങ്കിൽ ഒബ്സേർവഡ് വേൾഡ് ഇല്ല അപ്പൊ ഈശ്വരൻ പറഞ്ഞാൽ ആരാണ് ഹൂസ് ഗോഡ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ അർത്ഥം ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു ആര് കാഴ്ചക്കാരനായ ഭഗവാൻ ഇനി നിങ്ങൾ ഹരിനാമകീർത്തനം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം എഴുത്തത്തിന്റെ ഹരിനാമകീർത്തനം മനോഹരമായി പറയും പറയാണ് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനോ കണ്ണായിരുന്നപൊരുൾ താനം നിറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായനമാ പറയാണ് അർക്കന്നലാദി വെളി വെളിവൊക്കെ സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയ ആ വെളിവൊക്കെ നമുക്ക് കാണിച്ചു തരുന്നവൻ മനസ്സ് ആ മനസ്സിനും ഒരു കണ്ണുണ്ട് അതാണ് അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക വളരെ ഈശ്വരൻ പറഞ്ഞാൽ കാണുന്നതല്ല ഈശ്വരൻ കാണിച്ച് തരുന്നവനാണ് ഈശ്വരൻ അങ്ങനെ നമ്മൾ പഠിച്ചുറപ്പിക്കണം കാരണം കുറെ കാലം നമ്മൾ വിഗ്രഹത്തെ കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് നമ്മുടെ മനസ്സുറപ്പിച്ചിരിക്കുന്നു വിഗ്രഹമാണ് വിഗ്രഹം വിഗ്രഹം ഒരു കാഴ്ചയാണ് അല്ലേ രൂപങ്ങളെല്ലാം കാഴ്ചയാണ് ഈശ്വരൻ പറയുന്നത് കാഴ്ചയല്ല ഈശ്വരൻ പറയുന്നത് ദ്രഷ്ടാവാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ടെല്ലാം കാണിച്ചു തരുന്നവരാണ് ഇപ്രകാരം ഈ കഥയും പറഞ്ഞു പ്രസംഗിച്ചു ഇനി ഭഗവാനെ ഉലൂകലത്തിൽ ബന്ധിക്കുന്ന ഉലൂഖല ബന്ധനം എന്ന് പറഞ്ഞ ലീല നാൽപ്പത്തിയേഴാമത്തെ ദശകത്തിൽ പറയാം ഏകദാഗതി വിവാദകാരി മാതരം സമുപേരിവൻ ഭവാൻ സന്യലോലുപതയാൻ അംഗമേത്യ പയോദരോ രാവിലെ വീട്ടിലെ കൃത ഗൃഹകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പാവം യശോദമ്മ തൈര് കലമെടുത്ത് കടയാൻ തുടങ്ങി ആ പൊണ്ണിക്കണ്ണൻ എണീറ്റിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കാരണം അവരെണ്ണീറ്റ് വരുന്നു കണ്ണെല്ലാം തിരുമി അതൊക്കെ അമ്മയുടെ അടുത്ത് വന്നിരുന്നു എന്നിട്ടോ മാതരം സമവ ചെയ്യുവാൻ എങ്ങനെയാ വന്നിരിക്കുന്നത് തന്യലോലതയാണ് അമ്മയുടെ മുലപ്പാൽ കുടിക്കണം മടിയിൽ അങ്ങോട്ടിരുന്നു എന്നിട്ട് കൈ തടഞ്ഞുവെച്ചിട്ട് മുല പാല് കുടിക്കാൻ തുടങ്ങി പല്ല് തേച്ചത് പോലും വലിയ പാർട്ടി രാവിലെ തന്നെ അമ്മയുടെ അടുത്ത് ഒന്ന് പാല് കുടിക്കാൻ വന്നു എന്നിട്ടോ അർദ്ധീത കുജകുഡ്മളേ തൊയീ സിഗ്ദാസമധുരാനുജേമേ ചരിശ്രുതം പുഞ്ചിരിച്ചുകൊണ്ട് ഇടയ്ക്ക് അമ്മയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആ മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോ അർദ്ധവീത കുജു മളയെ പകുതി കുറിച്ചു ആ സമയത്ത് അമ്മയുടെ ശ്രദ്ധ ദഹനീയ പരിശ്രതം ദുഗ്ധം അടുപ്പിലേക്ക് തിരിഞ്ഞു അവിടെ എന്താണ് പാലടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് തിളച്ചിങ്ങനെ പൊങ്ങിയിട്ടുണ്ട് അത് പുറത്തു പോകുന്ന കണ്ടതും അമ്മ വേഗം തക് വടന്ന് മാറ്റിക്കടത്തി കാരണം അമ്മയ്ക്കിപ്പോ ഉണ്ണിയേക്കാളും വലുത് പാല് വേഗം ഓടി അങ്ങോട്ട് ആ പാലെടുത്തു വയ്ക്കാൻ അത് നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും ആ സമയത്താണുള്ള ബോധം വരിക ഏത് സമയത്ത് പാല് പുറത്തു പോയിട്ട് അപ്പൊ വീട്ടിൽ മിക്കവാറും രാവിലെ കേൾക്കുന്ന ഒരു വിളിയാണ് ആയോ ഇങ്ങനെയൊക്കെ ആ അമ്മ പാലെടുക്കാൻ വേണ്ടി പോയതും തീരുസഭ ക്രോധഭാരപരിഭൂത മന്ദദണ്ഡമുപഹൃത്യ പാളിതം അന്തരിവാദനം യാ സന്യം കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നതിലൂടെയുള്ള രസം വിട്ടുപോയതിനുള്ള ദേഷ്യം കൊണ്ട് ക്രോധഭാരപരിഭൂത ചെയ്ത സാം ദേഷ്യം വന്നു ഭഗവാന് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം എങ്ങനെ ശിക്ഷ കൊടുക്കുക മന്ദദണ്ഡം ഉപഹരിക്കുക കട പോലെ രലിലെടുത്തു ചെറിയ ആളാവുന്നതിന് ശക്തിയുണ്ടല്ലോ ഏതിട്ടോ ദതിവാചനം പാടി ആ പാത്രത്തിന്റെ നടുവിൽ ഒരാറ്റ അടിപിച്ചു കൊടുത്തു ആ കിടക്കുന്നു രണ്ട് ഏതിട്ടോ ഉച്ചലനിതമുച്ചഗൈസ്താ സമ്യജനി സമാൃത ദ്യശോ വിസരന്ദശർ ൃഢ്ഠ എന്നുള്ള ശബ്ദം കേട്ടതും അമ്മ പാലക്കവടെടുത്ത് ചോടി വന്നു നോക്കുമ്പോ കാണുന്നത് തദ്ശോ വിസരവൽ ഭഗവാന്റെ യശസ്സിന്റെ വിസ്തീർണമെന്ന പോലെ ചിതോ വിസ്തൃതം തതി ഭൂമിയിൽ തൈരം മുഴുവൻ പുറത്തുപോയി കിടക്കണോ ഇത് കണ്ടതും അമ്മയ്ക്ക് ഒരു പുഞ്ചിരി വന്നു ആദ്യം ആരാ എന്താ ചെയ്തോന്ന് നമുക്കറിയില്ല പിന്നെ മനസ്സിലായി ഇത് കണ്ണൻ ഒപ്പിച്ച പണിയാണെന്ന് േദമാർ പരിമാർദംഷ താമവീക്ഷ പരിമാർഗയസൗ സന്തർശദീന്യുലോകലേ ദീയമാന ആ യശോദാദേവി ഭഗവാനെ കാണാതെ വന്ന സമയത്ത് ഉപനിഷത്തിലൂടെ ശാസ്ത്രങ്ങളിലൂടെ ഏതൊരു ഈശ്വരനെയാണോ ആളുകൾ അന്വേഷിക്കുന്നത് ആ ഈശ്വര സ്വരൂപത്തെ അമ്മ അന്വേഷിക്കുന്ന സമയത്ത് കാണുന്നതോ ഉലൂകലെ ഓതവേ ഒരു ഒരലിന്റെ മുകളിൽ കയറിക്കൊണ്ട് നവനീതം വെണ്ണ കെട്ടെടുക്കുന്ന കാഴ്ച കാണുന്നു വെണ്ണെടുക്കുന്നു അത് കണ്ടപ്പോഴോ ്രഹേഖ്യപഥീതി ഭനുരാന സരോജമാശു സോഷരുോഷിതമുഖീ സഖീ പുോ ബന്ദനായമുപാതേ ദേവിയുടെ മുഖൊക്കെ കൊണ്ട് ദേഷ്യം കൊണ്ട് ചുവന്നു എങ്ങനെയുണ്ടോ ഉണ്ണി വികൃതി കാണിക്കുന്നു എത്ര വികൃതികളാണ് കാണിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ പരാതികൾ ദേഷ്യം വന്നു ദേവിക്ക് ഭഗവാനാണെങ്കിലോ ഭീതി ഭാവന ബാസുര വളരെ ഭീതിയോടുകൂടി നിന്നു എന്തായാലും ഇവരെ പിടിച്ചിട്ട് കാര്യം ബന്ധനായ രസന എവിടെ കയറുകൊണ്ടൊരു രോഹിണി രോഹിണിക്ക് നിർദ്ദേശം കൊടുത്തു എന്നിട്ട് ബന്ധുമി ചതിയമേവ സജ്ജന ി ബന്ധുച്ഛതി സാജ്യരശനഗുണാൻ ബഹു ദുലോനിലിലം കിലൈച്ഛത എല്ലാ ഭക്തന്മാരും ബന്ധുവായി ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഗുരുവായൂരപ്പനെ ബന്ധുമിച്ചതിയായിരിക്കുന്ന ഗുരുവായൂരപ്പിനെ ബന്ധമിച്ചതി അമ്മ അമ്മയ്ക്ക് ബന്ധിക്കുകയാണ് നമ്മളൊക്കെ ബന്ധുവായി കൊണ്ടു വിചാരിക്കുന്ന ആ ഭഗവാനെ അമ്മ ബന്ധിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ മനസ്സിൽ ബന്ധിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടു നടക്കുന്ന ഭഗവാനെ അമ്മ കയറുകൊണ്ട് ബന്ധിക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്രകാരം കയറുകൊണ്ടുവന്ന രോഹിണി ദേവി കെട്ടാൻ തുടങ്ങി ദശനാഗുണാൻ ബഹുൻ പക്ഷേ ദ്യങ്കുലോ രണ്ടങ്കുലം നീളം വരുന്നില്ല കെട്ടാൻ പറ്റുന്നില്ല ആ സമയത്തോ വിസ്മിതോസ്മിത സഹീതനീക്ഷിതാം സിന്ന സന്നവപുഷം നിരീക്ഷതാം നിത്യമുക്തരുപ്യഹോഹരേ ബന്ധമേവൃഭയാന്യമന്യതാ യശോദാദേവിയുടെ പരിഭ്രമം കണ്ട് കണ്ണനെ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരും രണ്ടാംകുലം നീളം വരാതെ വന്നപ്പോ പരിക്ഷീണയായ ആ അവസ്ഥ കണ്ടപ്പോ ഗോപിയമാർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഗോപികമാരമ്മയെ പരിഹസിക്കുന്നത് കണ്ടപ്പോ ഭഗവാൻ സഹിച്ചില്ല വേർത്തിട്ടുണ്ട് കെട്ടി കെട്ടി കെട്ടി തളർന്നിട്ട് അങ്ങനെ ഹനുമാൻ സ്വാമി വാലിന് നീളം ഇതുപോലെ ഇങ്ങോട്ട് കയറിന്റെ നീളം കുറയ്ക്കുകയാണ് കെട്ടുന്ന കയറിന്റെ നീളം കുറയ്ക്കുകയാണ് അമ്മയെ പരിഹസിക്കുന്നത് കണ്ടപ്പോ ഭഗവാൻ നിശ്ചയിച്ചു അത് എന്റെ അമ്മയെ നിങ്ങൾ അങ്ങനെ പരിഹസിക്കണ്ട എന്ന് നിശ്ചയിച്ചിട്ട് നിത്യമുക്ത എന്നെ ബന്ധിക്കാൻ ആർക്കും സാധ്യല്ല എന്നാലും എന്റെ അമ്മ എന്നെ ബന്ധിച്ചോട്ടെ എന്ന് കരുതി ബന്ധമേവ കൃപയാ അമ്മയോടുള്ള കാരുണ്യം കൊണ്ട് തന്നെ ബന്ധിക്കാൻ അനുവദിച്ചു കൊടുത്തു എന്നിട്ടോ സ്ത്രീയതാം സാധയാ സർപ്പർപ്പിത <Gã> മതന്നിത മേഖല ചിരം ഉലൂകലേ സ്ഥീയത ഏ വികൃതി കുറച്ചു നേരം നീ ഉലൂകലത്തിൽ ആ ഒരലിന്റെ മുകളിൽ നിൽക്കണ എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകുന്ന സമയത്ത് ഭവനം ആകത പോയ സമയത്ത് പ്രാ കുലൂകലാന്തര അർപ്പിതം സർപ്പി ആ ഒരലിന്റെ ഉള്ളിലൊരു കുഴിയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന വെണ്ണ അവിടെ നിന്ന് എടുത്ത് കഴിക്കാം അറിയാം സ്റ്റോർ ഹൌസിലുണ്ടെങ്കിലേ ആദ്യ കട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപകടമാവുന്നുള്ളത് വതിലുള്ള വെണ്ണെടുത്ത് കഴിക്കാൻ തുടങ്ങി എതിരോ യദ്യപാശസുഖമോ വിഭോ ഭവ സംവ്യതകിമുസപാശയാനയാവമാതി ജീവജി അഭിഷ്ഠു പാദനാഥ പരിപാിമംഗതാൽ എല്ലാ കുടുംബ പാശങ്ങളിൽ നിന്നും മുക്തരായവർക്ക് പ്രാപിക്കാൻ സാധിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങെങ്ങനെ പാശത്തിന് വിധേയനായി പാശയില്ലാത്തവർക്കാണ് പാശമില്ലാത്തവർക്കാണ് എല്ലാ പാശങ്ങളിൽ നിന്നും മുക്തമായവർക്കാണ് അങ്ങേ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ഇന്ന് അങ്ങ് പാശത്താൽ ബന്ധിതനാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നെല്ലാം അവിടെ നിന്ന് ദേവന്മാരെ തുടങ്ങി എന്തായാലും ഗുരുവായൂരപ്പ എല്ലാ പാശങ്ങളാലും ബന്ധിച്ചാലും ബന്ധിതനല്ലാത്ത അങ്ങ് എന്നെ ഇന്നൊരു പാശം കെട്ടിയിട്ടുണ്ട് ഏത് പാശം വാദരോഗം എന്ന് പറയുന്ന പാശം അതിൽ നിന്ന് എന്നെ ഒന്ന് മുക്തമാക്കി എന്ന് പെട്ടതിപ്പാട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഇതാണ് ഭഗവാന്റെ ഉലൂകല ബന്ധനം ഇതെങ്ങനെയാണ് ഭഗവാന് എന്ത് പേര് കിട്ടിയത് ദാമോദരൻ എന്ന പേര് കിട്ടിയത് ഇനി ഈ ലീലയെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്താണിതിന് ഒരു അർത്ഥമുള്ളത് അമ്മയുടെ മടിയിലിരുന്ന് പാൽ ഓടിക്കുകയും അമ്മ പാലെടുത്ത് വയ്ക്കാൻ പോവുകയും പിന്നെ തൈര് കലമുടച്ചുകൊണ്ട് കൂടുകയും പിന്നെ കയറ് കൊണ്ട് കെട്ടാൻ നോക്കിയപ്പോ എത്ര അങ്കുലം നീളം രണ്ടങ്കുലം എന്നാ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് ഈ കഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മനസ്സിൽ ഈശ്വരനെ ബന്ധിക്കാൻ സാധിക്കുക പഠിപ്പിക്കുകയാണ് പറയണോ മനുഷ്യൻ സാധാരണ മനുഷ്യൻ അവന്റെ മടിത്തട്ടിൽ ഈശ്വരനുണ്ട് പക്ഷേ ശ്രദ്ധ മുഴുവൻ അടുപ്പിലിരിക്കുന്ന പാലിലാണ് അത് തളച്ചുപോകുന്നതിലാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം തന്റെ കൂടെ ഭഗവാനുണ്ടായിട്ടും ആ ഭഗവാനിൽ രമിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കാതെ ലൗകികമായ കാര്യങ്ങളിലാണ് മനസ്സിനെ രമിപ്പിക്കാൻ നമ്മൾ പരിശീലിപ്പിച്ചത് ദൂരദർശനത്തിൽ മനസ്സുണ്ട് അന്തർദർശനത്തിൽ മനസ്സില്ല അതുകൊണ്ടാണ് ഡി ഡി ഡി എന്ന് പറഞ്ഞാൽ ദൂരദർശനം അടുത്തുള്ള ഒന്നും കാണിച്ചില്ല എന്നാൽ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത് ആരാണ് ഉള്ളിലൊരു പാർട്ടിയുള്ളതാണ് നമ്മൾ അറിയുന്നില്ല അപ്പൊ അയാളെ നമ്മൾ വില വെച്ചിട്ടില്ല ഏതിന് വില വെച്ചിട്ടുണ്ട് ദൂരദർശനം അതിന്റെ ഉള്ളിൽ ഒരു പ്രകാശുള്ളതുകൊണ്ടാണ് കാണുന്നത് അല്ലേ ആ പ്രകാശില്ലെങ്കിൽ കാണാൻ പറ്റുമോ കറന്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ടി വിയിലില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതുപോലെ ഉള്ളിലുള്ളൊരു പ്രകാശമുള്ളതുകൊണ്ടല്ലേ ദൂരദർശനം കാണാൻ പറ്റുന്നത് അപ്പം തന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനിൽ രമിക്കാൻ പരിശീലിക്കാതെ ബാഹ്യമായ വസ്തുക്കളിൽ മനസ്സ് രമിക്കുന്നതാണ് ഭഗവാനെ മടിയിലിരുത്തി ഏതിന്റെ പിന്നാലെ ഓടുന്നത് അടുത്തിൽ വെച്ചിരിക്കുന്ന പാലിന്റെ പിന്നാലെ ഇനി ആ ഭഗവാനെ ഉള്ളിൽ ബന്ധിക്കണം അതിനെന്താ വേണ്ടത് തൈര്യകലം അടച്ചു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ുഃഖങ്ങളാണ് നഷ്ടങ്ങളാണ് പലപ്പോഴും ഈശ്വരനിലേക്ക് നമ്മളെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിലല്ലോ നമ്മളതിനാശ്വാസം കണ്ടെത്തുക ഈശ്വരനേക്ക് തിരിഞ്ഞിട്ടാണ് എന്തെല്ലാം തരത്തിൽ നിരീശ്വരവാദം വന്നാലും വ്യത്യസ്തം വന്നാലും ആളുകൾ ഈശ്വരൻ ഇല്ലാന്ന് പറഞ്ഞാലും ദുഃഖം വന്നോ മനുഷ്യൻ വിളിക്കുന്നത് ഈശ്വരനെ ഒരു നിരീശ്വരവാദി പറഞ്ഞതുപോലെയാണ് അതിൽ ഒരേ പുസ്തകം എഴുതി ഈശ്വരനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഫ്രോഡ് കേസ് ഒന്നും നടക്കുന്നില്ലാത്തതാണ് പറ്റിപ്പാണ് വെറുതും ഇതൊക്കെ ആളുകളെ ചീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞെഴുതി ഗുരുവായൂരപ്പൻ എന്നൊന്നും പറയുന്നത് ഇന്ത്യ വാസ്തവത്തിൽ എല്ലാം ചീറ്റിംഗ് ആ പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനത്തെ പുസ്തകങ്ങൾക്കായുള്ള അവാർഡ് വേഗം കിട്ടുക അപ്പൊ ഇയാളെ ഇന്റർവ്യൂ ചെയ്തു നിങ്ങൾക്ക് ഈ പുസ്തകം എഴുതാനുള്ള പ്രേരണയും പ്രചോദനവും എവിടെ നിന്നാണ് കിട്ടിയത് അപ്പൊ അയാൾ പറയാണ് എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം എല്ലാം ഭഗവാനും എഴുതിയിരിക്കരുത് പക്ഷെ അതിനും അദ്ദേഹത്തിന് ഭഗവാൻ ഇതാണ് ലോകം എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് നീക്ക് കാണാം ഈ ഈശ്വരനെ നിഷേധിക്കുന്നവരാണ് പിൽക്കാലത്ത് വലിയ ഭക്തന്മാരായി തീരുന്നത് എത്രയോ ആളുകൾ നീക്ക് കാണാം അപ്പോ ഇതാണ് സത്യം ലൗകിക ജീവിതത്തിൽ വേദന വരുമ്പോൾ ആരിലേക്ക് തിരിയണം ഭഗവാൻ പക്ഷെ കൂടുതൽ ആളുകളും ഈശ്വരനെ കെട്ടിയിടാനല്ല ശ്രമിക്കുന്നത് അവര് കുറച്ചു നേരം ഈശ്വരനെ സ്മരിക്കുമെങ്കിലും അമ്പലത്തിലൊക്കെ പോകും പ്രാർത്ഥിക്കുമെങ്കിലും അവരെ മനസ്സിൽ ഈശ്വരൻ ബന്ധിക്കപ്പെടുന്നില്ല കാരണം രണ്ടങ്കുലം നീളം പോരാ എന്താണില്ലാത്തത് ഈശ്വരൻ മനസ്സിൽ ബന്ധിക്കപ്പെടണമെങ്കിൽ മൂന്ന് സമ്പത്ത് മനസ്സിൽ വേണം ഏതെല്ലാം സമ്പത്ത് വേണം ഒന്ന് ഇന്ത്യൻ കറൻസി വേണം മക്കളാകുന്ന സമ്പത്ത് വേണം ഇതാണ് വേണ്ടത് അല്ല പിന്നെയത് സമ്പത്താണ് ഭക്തി വേണം വൈരാഗ്യം വേണം ജ്ഞാനം വേണം മനസ്സിലായില്ല ഭഗവാനാണ് ഉള്ളതെന്ന ജ്ഞാനം ആ ഭഗവാനെ കൂടെ ഉള്ളൂ എന്ന പ്രേമം ഇനി ഈ ലോകം കൂടെ ഇല്ലാത്തതാണെന്ന് ലോകത്തോട് എന്ത് വരണം വിരക്തി വരണം ലോകത്തോട് വിരക്തിയും ഈശ്വരനോട് പ്രേമവും ഈശ്വരൻ കൂടെയുണ്ടെന്ന ബോധവും അറിവും ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിൽ ആരേ ബന്ധിക്കാൻ പറ്റുള്ളൂ ഭഗവാനെ ബന്ധിക്കാൻ പറ്റുള്ളൂ മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവരുത് മനസ്സിലായതെങ്കിൽ നിങ്ങളോട് ഇരിക്കില്ല ഇതങ്ങനെയൊന്നും വേഗമൊന്നും മനസ്സിലാവാൻ പാടില്ല ശനൈ ശനേ ഉപരമേത് ശനിയാഴ്ച ശനിയാഴ്ച എന്ന് വെച്ചാൽ ക്രമേണ ക്രമേണയെ മനസ്സിലാക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മുടെ ഉള്ളില് ഭക്തിജ്ഞാനവിരാഗണം സ്ഥാപനായ പ്രകാശിതം ഭാഗവതത്തിൽ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് എന്തിനാണ് ഭാഗവതം പറയുന്നത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നമുക്ക് ഭക്തിയും വേണം ജ്ഞാനവും വേണം വൈരാഗ്യം അതുകൊണ്ടാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ ആദ്യത്തെ കഥ ആരുടെ എന്നറിയോ സ്റ്റോറി ആരുടെയാണ് ശ്രീമത് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ ആദ്യത്തെ സ്റ്റോറി നാരദമാഹർഷി ആത്മദേവന്റെ അല്ല നാരദമാർഷി നടന്നു പോകുന്ന സമയത്ത് വഴിയിലൊരു പെൺകുട്ടി തളർന്നു കിടക്കുന്നത് കണ്ടു ആ പെൺകുട്ടിയോട് ചോദിച്ചു എന്റെ ആ പേര് അപ്പൊ പറഞ്ഞു എന്റെ പേര് ഭക്തിയാണ് അപ്പൊ തൊട്ടടുത്ത് രണ്ട് വൃദ്ധന്മാരായിട്ട് രണ്ടു പേര് അതാരാണ് എന്റെ മക്കളായിരിക്കുന്ന ജ്ഞാനവും പേരാക്കി അവിടുന്നാണല്ലോ കഥ തുടങ്ങുന്നത് അല്ലേ അങ്ങനെ അവരെ രണ്ടുപേരെയും ഉണർത്താൻ ഭക്തി ദേവിക്ക് വീണ്ടും തേജസ്സും ശക്തിയും കൊടുക്കാൻ നാരദമാർഷി ഉപായമന്വേഷിച്ചപ്പോ എല്ലാവരും പറഞ്ഞു വേദം ചൊല്ലിയാ മതി പക്ഷെ വേദം കൊണ്ടൊന്നും കുട്ടികൾ ഉണർന്നില്ല അവസാനം ബദിരി ആശ്രമത്തിൽ ചെന്നപ്പോ സഹോദരതുല്യരായ സനൽകുമാരാദി മഹർഷിമാരെ കണ്ടപ്പോ അവർ പറഞ്ഞു ഒരു യജ്ഞം കൊണ്ട് അവർ വീരൻ ഏത് യജ്ഞം പറയാണ് ജ്ഞാനയജ്ഞം കരിഷ്യാമി നമുക്ക് ജ്ഞാനയജ്ഞം ചെയ്യാം ഏത് ജ്ഞാനയജ്ഞം സപ്താഹേന ഈ സപ്താഹം കൊണ്ട് ഭാഗവത സപ്താഹം കൊണ്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വീണ്ടും ശക്തിയും തേജസ്സും കൊടുക്കാൻ സാധിക്കും അങ്ങനെ അവര് അവിടെ വച്ച് സനൽകുമാരാദി മഹർഷിമാരെ ഭക്തിദേവിയെയും അവരുടെ മക്കളെയും വീണ്ടും ഉയർത്താൻ വേണ്ടി ശ്രീമൻ ഭാഗവത സപ്താഹയജ്ഞം ജ്ഞാനയജ്ഞം ചെയ്തുവതാണ് ഏഴാമത്തെ ദിവസം അവർ നോക്കുമ്പോൾ കാണുന്നത് അത് ഉത്സാഹത്തോടെ കുറെ ആളുകൾ വരുന്നു അവർ പാടുന്നുണ്ട് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മൊരാരേ ഹേനാഥനാരായണ വാസുദേവ ഇപ്രകാരം നൃത്തം വെച്ചുകൊണ്ട് വരുമ്പോൾ ആരാണെന്ന് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഭക്തീദേവിയും മക്കളായ ജ്ഞാനവന് അപ്പം ശ്രീമത് ഭാഗവതം കൊണ്ട് ഭക്തിദേവിയും മക്കളും ഉണർന്നു എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിലൂടെ നേടിയെടുക്കേണ്ടത് എന്താണ് ഭക്തിജ്ഞാന അതുള്ളവർക്ക് മനസ്സിൽ ആരെ ബന്ധിക്കാൻ പറ്റുള്ളൂ ഭഗവാനെ അപ്പൊ രണ്ടങ്കുലമില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനവുമില്ല വൈരാഗ്യവുമില്ല ഭക്തിയുണ്ട് എന്ന് പറയുന്നത് പക്ഷേ ഭക്തിദേവി തളർന്നിട്ടില്ല തളർന്നിരിക്കുന്നത് ജ്ഞാനവും വൈരാഗ്യവും തളർന്നിരിക്കുന്നു അപ്പൊ അവരെ രണ്ടുപേരെയും ഉയർത്താൻ എന്ത് വേണം ഭാഗവതാദികൾ കേൾക്കണം അപ്പോഴേ നമ്മുടെ മനസ്സിൽ ആരെ ബന്ധിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഉല്ലൂകലത്തിൽ ബന്ധിച്ചുകൊണ്ടാണ് ഉല്ലൂകലം ഒലക്കയിലാണല്ലോ അല്ല ഒരലിറ്റഡാണെങ്കിൽ ഇടിക്കുക കുലൂകലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തിൽ വെച്ചിടിക്കണം മനസ്സിൽ തന്നെയാണ് ആ മനസ്സിൽ ഭഗവാനെ ബന്ധിക്കണം അപ്പൊ വേണം നാമസ്മരണം കൊണ്ട് ഇടിക്കേണ്ട സാധനമാണ് ഏത് നാമസ്മരണം ചെയ്യും തോറും നമ്മുടെ ഉള്ളിൽ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വരും അപ്പൊ നിരന്തരമായൊരു നാമസങ്കീർത്തനം കൊണ്ട് ഭഗവാനെ ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിൽ ബന്ധിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നവരെയാണ് ആ ലീലയാണ് ഇവിടെ ഉലൂകല മന്ദനം എന്നിട്ടോ ആ ലീലയുടെ തുടർച്ചയുള്ള ലീലയാണ് യമളാജുര വഞ്ചനം അതാണ് നാൽപ്പത്തിയെട്ടാം ദശകം മുദാസുരോഗേസ്വമുദാരസമ്മതേ ഉദീരദാമോദര മൃദൂദരസ്വൈരമുലൂകലേലകൻ ഉദൈച്ചത സുരോഗി ദാമോദര ദേവന്മാര് അവിടുന്ന് ആകാശത്തിൽ നിന്ന് ദാമോദര ദാമോദര എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച സമയത്ത് ഭഗവാൻ ദീതു ദൂരെ അധൂരത ദൗ കകുബോബോധ വളരെ ദൂരെയല്ലാതെ രണ്ട് കകുബോ ഉപേക്ഷത രണ്ട് മരുതവൃക്ഷങ്ങളെ കണ്ടു ചേർന്ന് നിൽക്കുന്ന മരുതവൃക്ഷങ്ങൾ ഭഗവാൻ ദീതു കുബേരൂർ നളകോപരാവിധ പുരോമണിഗ്രീവ്രതംഗത മഹേശ്വര സേവധികൻമതോ ചിരം കിരത്തോൽ വിമുഖാവേളതാം ആരാണ് ആ രണ്ടു വൃക്ഷങ്ങൾ ഭഗവാൻ സൂക്ഷ്മമായി മനസ്സിലാക്കി സാധാരണ വൃക്ഷങ്ങളല്ല മരതവൃക്ഷങ്ങളല്ല അവര് രണ്ടുപേരും രണ്ട് ആളുകളായിരുന്നു ആരാണവര് രണ്ടുപേരും കുബേരസൂനോ ആരുടെ മക്കളാണ് കുബേരന്റെ മക്കളാ പേരോ നളകൂപരൻ ഒരാളുടെ പേര് മറ്റവൻ മണിഗ്രീവൻ ഇവര് രണ്ടുപേരും എങ്ങനെ വന്നത് മഹേശ്വര സേവാധികത സ്ത്രീയ മഹേശ്വരനെ സേവിച്ചതിന്റെ ഫലമായി കിട്ടിയ സ്ത്രീ ഉന്മത്തന്മാരായി തൊൽവിമുഖവും ഭഗവാനിൽ നിന്ന് വിമുഖന്മാരായി ലൗകിക ജീവിതത്തിന്റെ ആസക്തിയിൽ മാത്രം ജീവിച്ചുപോയി അവര് ആരെ മറന്നു ഭഗവാനെ മറന്നു അതിനാ അതിന് എന്തുത്തി സുരാപകായം കിലതോ മതുൽക്കടോ സുരാപകായൽ ബഹുയൗവതാവൃതോ വിവാസസോ കേളിവരോ സനാരദോ ബവൽപതേക പ്രവണോ അങ്ങനെ ഇവര് രണ്ടുപേരും ഒരിക്കൽ മതോൽക്കടോ മത്തന്മാരായി മദ്യം കഴിച്ചുകൊണ്ട് അവര് രണ്ടുപേരും ബഹുയൗവതാവൃതോ വിവാസസോ സ്വരാപകായം പൂർണ്ണ നഗ്നരായി ഗംഗയിൽ അപ്സരസ്ത്രീകളുടെ കൂടെ ഇരുന്ന് തുടങ്ങി ഇത് കണ്ട് നാരദമാഷി വന്നപ്പോ അദ്ദേഹത്തിന് സഹിച്ചില്ല കുബേരന്റെ മക്കളെ ശ്രേഷ്ഠന്മാര് അവരാണ് എല്ലാ തരത്തിലും ആധ്യാത്മിക സംസ്കാരം ഉള്ള കുലത്തിൽ ജനിച്ചിട്ടും അതെല്ലാം മറന്നു കളിച്ചിട്ട് പവിത്രമായ ഗംഗയിൽ ഇങ്ങനെ തോതിവാസം ചെയ്യുന്നത് അദ്ദേഹത്തിന് വിഷമം വന്നു അദ്ദേഹം ചെയ്തു ബിയാപ്രിയാലോകമുപാത്തവാസസം പുരോദീമേസോ ഇമോഭവൽഭക്തി സിദ്ധയേ മൊനെ ജഗോശാന്തി മൃദേ കുതം ദമാഷി ആ വഴിക്ക് വരുന്നത് കാഴ്ച കണ്ടതും അവിടെ കളിച്ചുകൊണ്ടിരുന്ന അപ്സരസ്ത്രീകൾ അവരോടി വന്നിട്ട് ഉപാത്തവാസം വേഗം അവരവരുടെ വസ്ത്രം ധരിച്ചു എന്നാൽ ഇവര് രണ്ടുപേരും മതാന്ത ജേതസോ അവര് വസ്ത്രം പോലും ധരിച്ചില്ല മഹർഷി ചെയ്തു ശപിച്ച കളഞ്ഞു എന്തിനുവേണ്ടി ഭവൽ ഭക്തി ശാന്തി സിദ്ധയെ അവർക്ക് ഭക്തി ഉണ്ടാവാനും അവരുയരാനും വേണ്ടി അവരെ ശപിച്ചു രണ്ടുപേരും എന്താവട്ടെ മരങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു പറയാണ് ശാന്തി ശാന്തിയില്ലാത്തവർക്ക് എവിടെയാണ് സുഖമുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണിത് ശാന്തിയും സുഖവും ഇത് രണ്ടും നമുക്ക് മനസ്സിലാവാറില്ലേ വാട്ട് ഈസ് ശാന്തി വാട്ട് ഈസ് സുഖമുള്ളത് പൊതുവെ നമ്മൾ കരുതിയിരിക്കുന്നത് സുഖം ഉള്ളിടത്ത് ശാന്തി ഉണ്ടെന്ന് പക്ഷെ വാസ്തവത്തിൽ സുഖമുള്ളിടത്തെല്ലാം എന്തുണ്ടാവണമെന്നില്ല ഉദാഹരണത്തിന് ഒരു വീട്ടിൽ കള്ളല് കുടിക്കുന്ന ഒരാൾക്ക് സുഖാണാണെന്ന് ആയിരിക്കുക ബാക്കിയുള്ളവർക്ക് ശാന്തി ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇല്ല ഇനി ഒരാളെ സംബന്ധിച്ച് രാത്രിയിൽ പാതിര വരെ തീവി കാണുന്ന സുഖം എന്ന് വിചാരിക്കുക ബാക്കിയുള്ളവർക്കോ ഒരാൾക്ക് നോൺ വെജ് കഴിക്കുന്നതാണ് സുഖം മറ്റാൾക്ക് വെജ് ആണ് സുഖം ആ വീട്ടിൽ സുഖം ഉണ്ടാവുമോ ശാന്തി ഉണ്ടാവോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടെടുത്തു നോക്കൂ ഒരാളുടെ സുഖം മറ്റൊരാളുടെ ശാന്തി സുഖമുള്ളിടത്തെല്ലാം എന്തുണ്ടാവണമെന്നില്ല ശാന്തി ഉണ്ടാവണമെന്നില്ല എന്നാൽ ശാന്തിയുള്ളിടത്തെല്ലാം സുഖമുണ്ടായേ പറ്റുള്ളൂ അപ്പൊ അന്വേഷിക്കേണ്ട സുഖമാണോ ശാന്തിയാണോ നോക്കൂ അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിലുള്ള ആളുകൾക്ക് സുഖമുണ്ട് അവർക്ക് ശാന്തി മനസ്സിലാവണ്ടല്ലോ ഇത് അപ്പൊ പലപ്പോഴും നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ ഡെഫിനിഷൻ സുഖം ഉണ്ടെങ്കിൽ ശാന്തി ഉണ്ട് എന്നാണ് പക്ഷെ നമ്മളത് പ്രായം കൂടുന്നവർ മാറ്റണം എന്ന് സുഖമുള്ളിടത്ത് നല്ല ശാന്തി വേണ്ടത് ശാന്തി ഉള്ളിടത്ത് അത് കുറെ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാവും പ്രായവും തോറും അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് എല്ലാവരും ഒന്ന് മാറിക്കിട്ടി കുറച്ചു ശാന്തിയിൽ കിടക്കട്ടെ എന്ന് സുഖമായിട്ട് കിടക്കണേ നിനക്കറിയാം ശാന്തി ഉണ്ടെങ്കിലേ സുഖം കാരണം നിങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചു സുഖമുള്ളതിലൊന്നും ശാന്തി ചെയ്യാം നല്ല പാൽപ്പായസം കഴിക്കുമ്പോൾ സുഖം തന്നെയാണ് ചക്കപ്പായസം കഴിക്കുമ്പോൾ സുഖം തന്നെയാണ് പക്ഷേ ചക്കപ്പായസം അകത്തി ചെല്ലുമ്പോഴേക്കും ശാന്തി മുഴുവൻ ചക്കപായസം കഴിക്കുന്നവർക്കറിയാം അല്ലേ ദേശം ഗ്യാസിന്റെ ഡിസ്റ്റർബൻസ് ഉള്ളവർ ചക്കപായസം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് ബബിള അടിക്കാൻ തുടങ്ങും പിന്നെ അപ്പോഴേക്ക് അവർക്ക് മരുന്നുകളുണ്ടല്ലോ ചുക്കുമുടി അപ്പം വെച്ചു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സുഖമുള്ളിടത്ത് നാം ശാന്തി ഇല്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് നിങ്ങൾ നോക്കൂ ഓരോ അനുഭവങ്ങളെടുത്ത് നോക്കൂ നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് വന്നിരിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് മുഴുവൻ സുഖം അനുഭവിച്ച് സുഖം വന്നിട്ടുണ്ടായതാണ് അപ്പൊ അതുകൊണ്ട് അതിന് ശാന്തിയില്ല പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും കാലം മുട്ടൊക്കെ വേദനിക്കുന്നു നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടും പോകുന്നില്ല മനസ്സിലായി അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ജീവിതം ഇങ്ങനെയായി തീർന്നത് സുഖാന്വേഷണത്തിന്റെ പിന്നാലെ പോയിട്ടാണ് ഇനി എന്ത് വേണം ശാന്തി ഗുരുക്കന്മാര് അനുഗ്രഹിക്കുന്നത് നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശാന്തി കിട്ടാൻ ശാന്തി തിരിയണം ഭഗവാനിൽ അതുകൊണ്ട് നളകൂപരമണി സുഖം കിട്ടാൻ ഗംഗയിലേക്ക് ചാടിയപ്പോ അപ്സര സ്ത്രീകളുടെ കൂടെ ചാടിയപ്പോ ശാന്തി പോയി കിട്ടി ഇനി ഭഗവാൻ അനുഗ്രഹിക്കുന്ന നാരദമാഷി അനുഗ്രഹിക്കുന്നത് ഭഗവാനോട് അടുക്കൂ അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും ശാന്തിയും സുഖവും കിട്ടും ഇപ്രകാരം ഈ പറഞ്ഞിട്ട് പറഞ്ഞു അതന്ത്രമിന്ദ്രയുഗം തഥാവിധം സമേയുഷാമന്തരഗാമിനാത്രുതോ ലോകോദന ചിരായതിർന്നോ പരിപാടിതോ തരൂ